എല്ലാവർക്കും നമസ്കാരം എല്ലാറ്റിനെയും ഒന്ന് നമ്മള് മാറി നിന്ന് നോക്കി ആ അറിവിന്റെ വെളിച്ചത്തില് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദ്വേഷവും ഇല്ല പിന്നെ അധികം സ്നേഹവും അങ്ങനെ പ്രജ്ഞ ഉറച്ചതാവും ഈ പ്രജ്ഞ ഉറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതാ ഒരുതരം ഒരു വികാരവും ഒരു ജാതി ഒരു ഒരു എന്താ മറക്കടമുഷ്ടി എന്നല്ലേ അങ്ങനെ മനസ്സിലാക്കി കളയരുത് അറിവിന്റെ തലത്തിലാണ് ഈ ഒരു എന്താ പറയാ ഈ ഭാവത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് പറയാ ഇതൊരു സത്യമാണ് ഈ സത്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ആ ഭാവം സഹജമായി തീരുന്നത് എന്ന് പറയാം തുടർന്ന് ഭഗവാൻ ഇതിന് നല്ലൊരു നിർദ്ദേശം തരിക നല്ലൊരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തം ഓർത്തുവെച്ചാൽ നല്ലതാണ് എങ്ങനെ ഇത് സാധിക്കും എങ്ങനെയാണ് സാധിക്കേണ്ടത് പ്രകൃതിയിൽ ഒരു കാഴ്ചയെ കാണിച്ചു തന്നിട്ട് നമ്മളോട് പറയണു ഇതുപോലെ ചെയ്തോളാൻ യരത്തെ ചാർമ്മോ ഇന്ദ്രിയ കൂർമ്മ കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ ആമ അതിന്റെ തീ അതിന്റെ അംഗങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പൊടി പോലത്തെ വാലുണ്ടാവും ചെറുത് അതുപോലെ ഒരു തലയുണ്ടാവും തല വാല് രണ്ട് നാല് ആ അത്ര അതെ നാല് രണ്ട് കൈ രണ്ട് കാൽ ഇങ്ങനെ ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ആറ് തലയുണ്ടാവും പുറത്തേക്ക് നാല് കാലുണ്ടാവും ചെറിയൊരു വാലും ഉണ്ടാവും ഇതിനെയാണ് അംഗങ്ങൾ ഈ കൂർമ്മ അങ്കാനി ഇവ ആമ അംഗങ്ങളെ ഏതുപോലെ എന്ത് ചെയ്യുന്നു സംഹരതയെ ഉള്ളിലേക്ക് വലിക്കുന്നു എപ്പോഴാണ് ആമ ഉള്ളിലേക്ക് വലിക്കുക ഈ ആമ ഈ മഴക്കാലത്തൊക്കെ ആമ വയലിൽ നിന്ന് അത് മെല്ലെ കയറും കയറിയിട്ട് രാത്രി കാലത്തൊക്കെ കാണാം ചിലപ്പം അതങ്ങനെ പോവും റോഡൊക്കെ ക്രോസ് ചെയ്ത് അടുത്ത വയലിലേക്ക് പോവും ഈ വയലുകൾ ഇടയിൽ കൂടെയൊക്കെ കാണാം ആമ കരയിലും പോവല്ലോ ആമ വേദാന്തത്തിൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ് രാമകൃഷ്ണദേവൻ ഈ ആമയെ ഉദാഹരിക്കുന്നുണ്ട് അതായത് ആമ ദൃഷ്ടി എന്നൊരു പ്രയോഗം തന്നെ വേദാന്തത്തിലുണ്ട് ആമയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ആമ വളരെ മാറി നിൽക്കും വളരെ ദൂരെ നിന്നിട്ട് അതിൻ്റെ മുട്ട അത് ചെറിയ പത പോലെ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ എവിടെയോ പൊങ്ങിക്കിടക്കുന്നത് കാണാം പിന്നീടാണത് ഉണ്ടാവുന്നത് അത്ര അപ്പം ആമയും മുട്ടയും വേറെയാണ് കഴിയുന്നത് ആമ ദൃഷ്ടി കൊണ്ടാണ് അത്ര അതിനെ വിരിയിപ്പിക്കുന്നത് ആ ആമയുടെ ദൃഷ്ടി സദാ സമയമുണ്ട് നമ്മൾ കാണില്ല അതെവിടെയാണ് അത് അത് ചില മറ്റു മത്സ്യങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഈ മീനാക്ഷി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദേവിയെ മീനാക്ഷി എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണെന്നാ അതായത് ദേവിയുടെ ദൃഷ്ടി അങ്ങനെയാണ് മത്സ്യം ഈ വരാൽ എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട് വരാലെന്ന് പറഞ്ഞാൽ മത്സ്യം അതിൻ്റെ സ്വർണം പോലുള്ള കുറെ പൊടി പൊടി പൊടി പൊടി മത്സ്യങ്ങളെ പ്രസവിക്കും എന്നിട്ട് അത് കാണാം ഒരു ഗ്രൂപ്പായിട്ട് പത്ത് നൂറ് എണ്ണം ഉണ്ടാവും ഇങ്ങനെ പോകും ഒരു പതിനൊന്ന് മണി ഉച്ചയ്ക്കൊക്കെ കുളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രസമാണ് ഇങ്ങനെ കൂട്ടായിട്ട് പോകണം തള്ള അതിൻ്റെ കൂടെ ഉണ്ടാവോ പിന്നെയോ വളരെ ദൂരത്തെവിടെയോ ആണ് അതിനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യും അപ്പൊ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ കണ്ണ് എന്നല്ല അതിലുപരി സദാസമയം അനുഗ്രഹ ബുദ്ധിയോടുകൂടി അങ്ങേയറ്റം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നത് മത്സ്യത്തിന് അങ്ങനെ ഒരു വിശേഷ ബുദ്ധിയുണ്ട് ആമയ്ക്കും ഇങ്ങനെയുണ്ട് എന്നാ വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണദേവനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അങ്ങനെയാ ആദ്യം തന്നെ രാമകൃഷ്ണദേവ അതായത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ഈ ചിക്കാഗോ സമ്മേളനത്തില് വിവേകാനന്ദ സ്വാമികൾ അവിടെ പോയി ഇരുന്ന് അവിടെ പോയി നിന്നിട്ട് ആദ്യം ഒന്ന് ധ്യാനിക്കുന്നുണ്ട് അത്ര ഗുരുവിനെ ആ സമയത്ത് രാമകൃഷ്ണദേവൻ ആ സമയത്ത് ഇവിടെ ആരോടോ പറയുന്നുണ്ട് ഇന്ന് കാരണം ഇവിടെ നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു രാമകൃഷ്ണദേവൻ എത്രയോ ഏഴ് കടലക്കറയുള്ള വിവേകാനന്ദ സ്വാമികൾ അപ്പൊ ആമ ഈ അതുകൊണ്ടാണ് ആമയുടെ മുകളില് നമ്മുടെ എന്താ ദീപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നമുക്ക് തരുന്ന വലിയൊരു നിർദ്ദേശമാണ് വേദാന്തത്തിൽ ആമ ആമയും അതുപോലെ താമര ഇതൊക്കെ ഉദാത്തമായ ചിഹ്നങ്ങളാണ് നമുക്ക് നമ്മെ അറിയാനും നമ്മളെ പഠിക്കാനും പ്രകൃതിയിൽ ഈശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് തന്നെ നമുക്ക് കുറേ പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ നിങ്ങൾ ഗുരു ഗുരു അവത അവതൂതന്മാർ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോരോ ആരൊക്കെയാണ് ഈ പ്രകൃതിയിൽ നിന്ന് ഓരോന്നിൽ നിന്നോരോ പാഠം പഠിച്ചിട്ടുള്ളവൻ പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു അതിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു കടലിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു പർവ്വതത്തിൽ നിന്ന് ഞാൻ ഇന്നത് പഠിച്ചു അങ്ങനെ നോക്കുമ്പം പ്രപഞ്ചം മുഴുവൻ പഠിക്കാനുള്ളത് പ്രപഞ്ചത്തെ പഠിക്കുന്നവനാണ് ജഗദ്ഗുരു അല്ലാണ്ട് ജഗത്തിലെല്ലാവർക്കും ഗുരുവായിരിക്കുന്നവൻ എന്നല്ല ജഗത്ത് ആർക്ക് ഗുരുവായിരിക്കുന്നുവോ അവൻ ജഗദ്ഗുരുവാണ് ജഗദ്ഗുരു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദുനിയാവിലെല്ലാവരും ഇയാളുടെ ശിഷ്യന്മാരാണെന്ന് അത് മനസ്സിലാക്കുന്നത് വിഡിത്തരാണോ പിന്നെ ഒരാൾ പറഞ്ഞു ഞാൻ ജഗദ്ഗുരു ആണ് അപ്പൊ അയാളോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ജഗദ്ഗുരു ആവുന്നു എനിക്ക് ജഗത്ത് എന്ന് പറഞ്ഞ ഒരു ശിഷ്യനുണ്ട് അവന്റെ ഗുരുവാണ് അതുകൊണ്ട് ജഗദ്ഗുരുവാണ് അപ്പൊ ജഗത്ത് ഈ പ്രപഞ്ചം ആർക്ക് ഗുരുവായി ഭവിക്കുന്നു ഈ കാഴ്ചകളും കേൾവി എല്ലാം അപ്പൊ അവൻ ജഗദ്ഗുരുവാവും ശങ്കരാചാര്യ സ്വാമികളെ ജഗത് ശങ്കരാചാര്യ സ്വാമികളെ ജഗദ്ഗുരു എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ കൃതി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രകൃതിയെ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരിക പ്രകൃതിയിലോരോ ദൃശ്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ് അവരൊക്കെ ജഗദ്ഗുരുക്കന്മാരാണ് നമ്മളും അങ്ങനെയായി തീരണം എന്ന് പറയുക അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു ഉദാഹരണത്തെ കാണിക്കുന്നു ആമ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു അപകടം ആരെങ്കിലും അതിൻ്റെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതെന്ത് ചെയ്യും ഈ തലയും വാലും കാലും എല്ലാം അതിൻ്റെ ഉള്ളിലാക്കി അത് നല്ലൊരു എന്താ ഉഗ്രൻ പാക്കിംഗ് ആവും എന്ന് പറയാം ഏത് കൊറിയറിൽ വേണമെങ്കിലും അയക്കാം എവിടെ വേണമെങ്കിൽ ഡെലിവറി ചെയ്താൽ ഒരു കുഴപ്പമില്ല ഒരു കസ്റ്റംസിൽ എന്താ പറയുക സ്ക്രീനിങ്ങിലൂടെ പോയി കഴിഞ്ഞാലും പുറത്ത് സംഭവം ഓ അതിനെയാണ് വെള്ളം തിളപ്പിച്ച് പറയുന്നില്ല സ്വാമി എന്തൊക്കെ കണ്ടുപിടുത്താന്നറിയോ നമ്മൾ ഇതിനെങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനൊക്കെ ഉള്ള അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ അവയവങ്ങളെ ഉൾവലിക്കുന്നത് ഇത് നോക്കിക്കൊള്ളാം ആമയെ സംബന്ധിച്ച് ആമയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് അതൊക്കെ പുറത്തിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആമയന്ത് ചെയ്യും ഉൾവലിക്കും അതുകൊണ്ടാണ് പലപ്പോഴും കുറുക്കന്മാരും നായയൊക്കെ പോയിട്ട് അതിൻ്റെ അതിനോട് പരാജയപ്പെടുന്നത് അത് കുറേ എടുത്ത് തട്ടും പിന്നെ കടിച്ച് കൊതിറി നോക്കും ഒന്നും അതിനെ സംഭവിക്കില്ല അവസാനം അവരിട്ട് പോവും പോയിന്ന് ഉറപ്പുവന്നു കഴിഞ്ഞാൽ വേഗം പോവും ജ്ഞാനിയുടെ ഇതിൽ ഇത് ഉദാഹരണത്തെ അക്ഷരം പ്രതി എടുക്കരുത് അക്ഷരം പ്രതി എന്ന് പറഞ്ഞാൽ ആമയെ സംബന്ധിച്ച് ആമ ഭയം കൊണ്ടായിരിക്കാം ആമെന്തു ചെയ്യുന്നത് ഉൾവലിയുന്നത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഉദാഹരണം മനസ്സിലാക്കിയ ജ്ഞാനി ഭയം കൊണ്ട് ജ്ഞാനിയുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവദ്ധായി അതുകൊണ്ടിവിടെ പറയുന്നു കൂർമ്മ അങ്കാനി ഇവ അയം ഇന്ദ്രിയ സർവശ ഇന്ദ്രിയേ ഇന്ദ്രിയാർത്ഥേഭ്യാ സംഹരത്തെ ചെസ് പ്രജ്ഞ പ്രതിഷ്ഠിത എങ്ങനെയാണ് ഇവൻ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് ആമ പിൻവലിക്കുന്നത് പോലെ അറിവിൻ്റെ അറിവ് കൊണ്ടാണ് അതിനെയാണ് ധീരത എന്ന് പറയുന്നത് ധീരനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വിഷയേഭ്യ ധിയം രാതി ഇതി ധീര വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവൻ ആമയെ പോലെ ആയിട്ടുള്ളവൻ ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ ഈ ആമയുടെ മുകളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദീപം അപ്പൊ ആ ദീപം ഇപ്പം ഈ ദീപം നമുക്ക് തടസ്സമാണ് എന്തുകൊണ്ട് പുറത്ത് ദീപം ഓൾറെഡി ഉണ്ട് പക്ഷേ അത് ഈ അഹങ്കാരമാകുന്ന ദീപം നിൽക്കുമ്പം ഈ അഹങ്കാരത്തിന്റെ ദീപത്തിൽ അഹംബോധം കിട്ടുന്നില്ല അപ്പൊ നമുക്ക് നമ്മൾ ചിലതൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നത് അഹങ്കാരത്തിൽ കാണുന്നതാ പലതും ടാഗോറ് ഒരു തന്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അത് ഈ സമയത്ത് നമുക്കിതോന്ന് ഒന്ന് വിചാരം ചെയ്യുന്നത് നന്നായിരിക്കും അദ്ദേഹം തൻ്റെ കൊച്ച് ഹൗസ് ബോട്ടിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അച്ഛനും ദേവേ എന്താ അതെ ദേവേന്ദ്രനാഥ ടാഗോർ അച്ഛൻ അദ്ദേഹം ടാഗോർ ഇവർക്കൊക്കെ ഈ തടാകം വലിയ ഇഷ്ടമാണ് അപ്പൊ ചെറിയ ഹൗസ് ബോട്ട് അവർക്ക് സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പോയി ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ അതിനെ കൊണ്ടുപോയി കെട്ടിയിടുക അങ്ങനെ കഴിയുക അദ്ദേഹവും മഹാജ്ഞാനിയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ സത്യാന്വേഷണം നടത്തിയിട്ട് ചെന്നത് ഈ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ അടുത്തേക്ക് ആദ്യം ഹൗസ് ബോട്ടിൽ അദ്ദേഹം അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്താണ് വിവേകാനന്ദ സ്വാമികൾ നീന്തി ചെന്നിട്ട് ആ ബോട്ടിൽ കയറിയിട്ട് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ കണ്ണുകൾ നല്ല തിളക്കുള്ളതാണ് കുട്ടി എന്ന് അപ്പം എന്റെ കണ്ണുകളെ കുറിച്ച് അറിയാനല്ല ഞാൻ വന്നത് അങ്ങ് ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് പിന്നെ അദ്ദേഹം ഉണ്ടാകെ ഇരിക്കും ഇയാൾ ചാടി പോകുന്നത് അപ്പം ആ മഹാജ്ഞാനിയുടെ മകനാണ് അവർ പ്രകൃതിയെ അങ്ങേയറ്റം എന്താ പ്രകൃതിയായിട്ട് പ്രകൃതിയാണ് കൂട്ട് അങ്ങനെ ഒരു ദിവസം ടാഗോർ ഒരു രാത്രിയിൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അദ്ദേഹം എന്തോ എഴുതുക വായിക്കുക എന്തോ ആയിരുന്നു അങ്ങനെയാണ് കാറ്റ് വന്ന് മെഴുകുതിരി അണയുന്നത് ആ സമയത്ത് ഈ ഹൗസ് ബോട്ടിനകത്തേക്ക് നിറയെ ചന്ദ്രൻ്റെ പ്രകാശം ആ പ്രകാശം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം വന്നു ഓ ഈ മെഴുകുതിരി വെച്ചിട്ടായിരുന്നല്ലോ ഞാൻ ഇത്ര നേരം ഇത് തടസ്സമായിരുന്നു ഈ മെഴുകുതിരി ചന്ദ്രൻ്റെ പ്രകാശത്തിന് തടസ്സമായിരുന്നു പക്ഷേ അത് ആദ്യമേ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതായത് ഹൗസ് ബോട്ടിൽ നിന്ന് അതിൻ്റെ പുറത്തിറങ്ങി കുറേ നേരം ആ നിലാവുള്ള രാത്രിയെ അനുഭവിച്ചു തന്ന പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം എഴു അന്ന് തന്നെ രാത്രി എഴുതി വെച്ചു എന്നാണ് ഈ സൗന്ദര്യം മുൻപേ ഉണ്ടായിരുന്നു മെഴുകുതിരിയുടെ ആ അണയൽ അത് പ്രകടമായി എന്ന് പറയാ ഇതുപോലെ ഈ അഹങ്കാരത്തിൻ്റെ ദീപം ഉണ്ടല്ലോ ആ അഹങ്കാരത്തിൻ്റെ ദീപം നിൽക്കുമ്പം അഹംബോധം വെളിപ്പെട്ട് കിട്ടില്ല അതിങ്ങോട്ട് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങോട്ട് പ്രകടമായി അതിന് ഈ ഉൾവലിയൽ ആവശ്യമാണ് ഇത് ഉള്ളിലേക്ക് പോകുന്നേയില്ല ഇതിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക രാവിലെ മുതൽ ഇങ്ങനെ ചാടി ചാടി ഓരോന്നിലും ഇങ്ങനെ നിരന്തരം അതെത്രയാണെന്ന് ചോദിച്ചാൽ ദിവസവും അങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കണം ഇത് ഈ പോക്ക് ഒരു വട്ടമാണെന്ന് പറയാം വട്ട വൃത്തം വർത്തുള അത് അതൊരിക്കലും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തില്ല നിങ്ങൾ എങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും കേന്ദ്രത്തിലേക്ക് വരണമെങ്കിൽ ഉൾവലിയണം അതുകൊണ്ടാണ് കടോപനിഷത്തിൽ അങ്ങനെ പറഞ്ഞത് പരാഞ്ചികാനി വിതരണ സ്വയംഭൗ തസ്മാത് പരാങ് പശ്യതി എന്ന അന്തരാത്മൻ അന്തരാത്മൻ ന പശ്യതി അന്തരാത്മാവിനെ കാണുന്നില്ല വിതാതാവ് സൃഷ്ടിച്ചതേ എങ്ങനെയാണ് പരാഞ്ചികാനി വിതർണത് സ്വയംഭൂവായിട്ടുള്ള വിതാതാവ് ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കി സൃഷ്ടിച്ചു തസ്മാത് പരാം പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീര ഒരു ധീരൻ പ്രത്യേകാത്മാനം ഐക്ഷത് അന്തരാത്മാവിനെ കണ്ടു എങ്ങനെ ആവൃത്ത ചക്ഷുഹു അമൃതത്വം ഇച്ചൻ അമൃതത്വം ഇച്ഛൻ അവൻ അമൃതത്വത്തെ ആഗ്രഹിച്ചു അപ്പൊ എന്ത് ചെയ്തു ആവൃത്ത ചക്ഷുഹു കണ്ണുകളെ ഉൾവലിച്ചു ഇതിനെയാണ് നാരായണഗുരു പറയുന്നത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരയെ വീണു വണങ്ങി ഈ ഭഗവാന്റെ ഈ ഉദാഹരണം അതായത് എങ്ങനെയാണ് ആമ പുറത്തേക്ക് പോയിട്ട് അപകടം എന്ന് ഉൾവലിക്കുന്നത് കാരണം ഇത് അപകടമാണ് ഒരാളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളും വിഷയങ്ങളുടെ അതിലും കെട്ടി മറിഞ്ഞു കെട്ടി മറിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും എന്താ അന്തരാത്മാവിനെ ആത്മരതി ആത്മനിർവൃതി അത് കിട്ടില്ലാന്ന് പറയാം അതുകൊണ്ട് എന്തു വേണം ഈ വട്ടത്തിലുള്ള ഈ ഓട്ടം നിർത്തിയിട്ട് ഇതിപ്പോ പശു പശുവിനെ കെട്ടിയതുപോലെയാണ് അതിപ്പം ഒരു ആരോ ഒരു തമാശയായിട്ട് പറയുണ്ടായിരുന്നു പശു ഇങ്ങനെ എന്താ ഈ ഇതൊരു എന്താ ത്രില്ലാണ് ത്രില്ലാണ് എന്ന് പറയുന്ന എന്ത് ഇതൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളുടെ പിറകെങ്ങനെ പോയി അതിന്റെ പിറകിൽ ഇങ്ങനെ പോകുന്നത് പോകുന്നത് അത് പശു പറയുന്ന കുറ്റിയിൽ കെട്ടിയിട്ടുള്ള പശു ചുറ്റും പുല്ലാണ് പുല്ലാണോന്ന് പറഞ്ഞു വേറെ ഒന്നും പശുവിനെ പറയാനില്ല ഇതുപോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ടേക്ക് വരില്ല അതുകൊണ്ട് എന്തു വേണം അതിന്റെ കേന്ദ്രത്തിലേക്ക് വരാൻ തുടർന്നു വിഷയാ വിനിവർത്തേം പരം ദൃഷ്ടത്തെ വിഷയാ വിനിവർത്തേ നിരാഹാരേഹവർജം രസോപ്യ പരം ദൃഷ്ട നിവർത്ത നിരാഹാര ദേഹിനഹ നിരാഹാരസ്യ ദേഹിനഹ എന്ന് പറഞ്ഞ പട്ടിണിക്കാരൻ ആഹാരം കഴിക്കാത്തവൻ ആ ദേഹിനഹ ജീവന് അങ്ങനെ ഒരാൾക്ക് മനുഷ്യന് രസവർജം രസവർജം എന്ന് പറഞ്ഞാൽ അതിലുള്ള അഭിലാഷ ആഗ്രഹം ഒഴിച്ചുള്ളതെല്ലാം എന്താണ് രസവർജം വിഷയാ വിനിവർത്തന് ആ രസമൊഴിവായിട്ടുള്ള വിഷയങ്ങൾ വിട്ടുമാറുന്നു വിസ്തരിക്കാം അസ്യ തസ്യ അസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആരുടെ സ്ഥിതപ്രജ്ഞസ്യ സ്ഥിതപ്രജ്ഞൻ്റെ രസ അഭി അഭിലാഷം പോലും ആഗ്രഹം പോലും പരം ദൃഷ്ടുവ നിവർത്തതേ പരം ദൃഷ്ട പരമായതിനെ കണ്ടിട്ട് പരമമായതിനെ കണ്ട് പരം എന്ന് പറഞ്ഞാൽ ദേശകാല വസ്തു പരിമിതികൾ ഇല്ലാത്തത് ആണ് ോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ പരിമിതപ്പെടുത്താൻ പറ്റാത്തത് അതാണ് ആത്മാവ് അതുകൊണ്ട് പരം എന്ന് പറഞ്ഞാൽ അതാണ് ദേശകാല വസ്തു പരിമിതികൾ ആ പരമമായതിനെ ദൃഷ്ട കണ്ടിട്ട് അറിഞ്ഞിട്ട് നിവർത്തന്തേ വിട്ടുമാറുന്നു അപ്പൊ ഒരേ ആള് നിരാഹാരം ഇരിക്കുന്നു പക്ഷേ നിരാ ഭഗവാൻ നന്നായിട്ട ഉദാഹരണം പറയുന്നത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചോളൂ അല്ലെങ്കിൽ സംശയങ്ങളൊന്നും പോവില്ല ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന ഒരുവന് താൽക്കാലികമായി ആഹാരം ഇല്ല എന്നതേ ഉള്ളൂ അവന്റെ രസം പോയിട്ടില്ല എന്ത് ആഹാരം വേണം എന്ന ആഗ്രഹം പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് രസവും പോയിട്ടുണ്ട് ഏത് വിഷയങ്ങളിലുള്ള ഇപ്പൊ പ്രമേ ഈ ഇവിടെ ജ്ഞാനി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പ്രമേഹ രോഗി പഞ്ചസാര വേണ്ട എന്ന് പറയുന്നത് പോലെയല്ല പ്രമേഹ രോഗിക്ക് പഞ്ചസാര തൻ്റെ ജീവന് അപകടമാണ് അതുകൊണ്ടാണ് പ്രമേഹ രോഗി എന്ത് പറഞ്ഞത് എനിക്ക് പഞ്ചസാര വേണ്ട എന്ന് ഇവിടെ ജ്ഞാനി വിഷയങ്ങളുടെ പിറകെ പോകാത്തത് വിഷയങ്ങൾ എന്നെ ഇതാ ബുദ്ധിമുട്ടാക്കും എന്ന് കരുതിയിട്ടല്ല വിഷയത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ടതുകൊണ്ട അത് ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഈ ബലമായിട്ടുള്ള ഒരു ഏർപ്പാടിനും നിൽക്കരുത് അത് നമ്മളിൽ ഞരമ്പ് രോഗങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് ഈ മാർഗത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളതിനെ അധിവർത്തിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കലയാണത് അതിൻ്റെ മുകളിലേക്ക് പോവുക അത് കടിച്ചു പിടിച്ച് ഇവൻ പിന്നീട് വന്നിട്ടുള്ള അതായത് ബുദ്ധ സന്യാസിമാരിൽ പിന്നീട് വന്നിട്ടുള്ളവർക്ക് പോലും ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് നേരെ നോക്കാൻ പാടില്ല എന്നാൽ നേരെ നോക്കി നടക്കരുത് അവർക്ക് അവരുടെ അവരിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട് അതിലൊരു സമ്പ്രദായത്തിന് നേരെ നിവർന്ന് നടക്കാൻ പാടില്ല നിവർന്ന് നടന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ കാണുന്ന കണ്ടാൽ പ്രശ്നമായി പോവും അതുകൊണ്ട് ഇങ്ങനെയും നടക്കാവും അഥവാ കണ്ട ഒരു കാലായിരിക്കണം അപ്പം ഈ നടക്കുന്ന ബുദ്ധഭിക്ഷുവിന് ഏത് നേരിട്ട് ഏത് കാലമാണ് സ്ത്രീയുടെ ആണോ പുരുഷനെയാണോ സ്ത്രീ ഈ ചിന്ത ഉണ്ടാവും ഗീതയൊക്കെ എന്ത് എന്ത് സുന്ദരമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ല നിങ്ങൾ വേറെ ഏതും വഴിക്ക് പോയി കഴിഞ്ഞാൽ നൂറായിരം എന്താ പറയുക വിധി നിഷേധങ്ങൾ കാണാം വിധി നിഷേധങ്ങൾക്കപ്പുറത്താണ് ഗീത അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞാൽ അത് അതിലെ മനഃശാസ്ത്രം മനസ്സിനപ്പുറത്താണ് മറ്റതെല്ലാം മനസ്സിൽ കിടന്ന് കളിക്കുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാലുണ്ടല്ലോ ഈ വറുത്ത വിത്ത് എന്ന് കേട്ടിട്ടില്ലേ വിത്ത് അങ്ങോട്ട് വറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്ര മഴ വന്നാലും അത് മുളക്കിയൊന്നുമില്ല അതുപോലെ ആക്കിത്തരും നമ്മളെ എന്നിട്ടാ യുദ്ധഭൂമിയിലേക്ക് എടുത്തിടുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാവും അടുത്ത അധ്യായത്തിൽ അർജുനന്റെ ചോദ്യം തന്നെ ഗംഭീരാണ് ഈ അറിവങ്ങോട്ട് അർജുനന് കിട്ടിയിട്ടുണ്ടല്ലോ എല്ലാം കൂടെ എന്തൊക്കെയോ ആയിട്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്നെ എന്തിനാ ഈ ഘോരകർമ്മത്തിന് ഏർപ്പാടാക്കുന്നതെന്ന് കാരണം അർജുനൻ ഇതിൻ്റെ ആ വല്ലാത്തൊരു ആവേശത്തിലാണ് നിങ്ങൾ എന്നെ ചോദിച്ചു പോവും രണ്ടാം അധ്യായമൊക്കെ കഴിയുമ്പോ മനസ്സിലാക്കൂ അപ്പം നിരാഹാരസ്യ ദേഹിന തൽക്കാലം നമ്മുടെ ഒക്കെ ഉപവാസമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ചിന്തയെ ഇതാണ് ഉപവാസത്തിന് അടുത്ത വീട്ടിലെ എന്നുമില്ലാതെ ആ മണമൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും നിങ്ങൾ ഉപവാ നിങ്ങൾ സ്വയം ആലോചിക്കും നമ്മളെ നമ്മളെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റാക്കിതാ നോക്കുക വരുന്ന ഉപവാസമുണ്ടല്ലോ ഗുരുവായൂരി ഏകാദശിയോ ദ്വാദശിയോ ഷഷ്ടിയോ അങ്ങനെ പറഞ്ഞു പോണുമല്ലോ പഞ്ചദശി വരെ എത്തും അപ്പം ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നില്ല ഇന്ന് ഉപവാസമാണെന്ന് അന്ന് നമ്മുടെ ചിന്ത മുഴുവൻ ആഹാരത്തെക്കുറിച്ചായിരിക്കും എന്താണോ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നത് അത് പതിൻമടങ്ങ് ശക്തിയോടുകൂടി നമ്മുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് ഭഗവാൻ ഈ പറയുന്ന ഉദാഹരണം ഗംഭീരാണ് എന്തോ നിരാഹാരസ്യ ദേഹിന തൽക്കാലം നമ്മുടെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്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 ഇന്ന് ഉപവാസമാണെന്ന് അന്ന് നമ്മുടെ ചിന്ത മുഴുവൻ ആഹാരത്തെക്കുറിച്ചായി എന്താണോ നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നത് അത് പതിൻമടങ്ങ് ശക്തിയോടുകൂടി നമ്മുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് ഭഗവാൻ ഈ പറയുന്ന ഉദാഹരണം ഗംഭീരാണ് എന്തും അതുകൊണ്ടാണല്ലോ ഒരിക്കലും ആശ്രമത്തിൽ ഗുരുവിൻ്റെ കീഴിൽ പഠിക്കാൻ ചെന്നു ശിഷ്യൻ പറയുന്ന ഉദാഹരണങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഉദാഹരണങ്ങളിലൂടെ ഇതിനെ മനസ്സിലാക്കി വെച്ച നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ളതുകൊണ്ട് സ്വാമി പറയട്ടെ ശിഷ്യൻ പോയി ഗുരുവിന്റെ അടുത്ത് ചെന്നു ഗുരു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു ശരി പഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആശ്രമത്തിൽ കുറച്ചു കാലം കഴിഞ്ഞു വരവിന്റെ ഉദ്ദേശം വേറെ ചിലതായിരുന്നു ഗുരുവിന് എന്തൊക്കെയോ അസാമാന്യ കഴിവുകളുണ്ടെന്നും ആ കഴിവൊക്കെ നേടിയിട്ട് പെട്ടെന്ന് കാശുകാരനോ അല്ലെങ്കിൽ സിദ്ധനോക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം എന്നൊക്കെ കരുതി അപ്പം ഗുരുവിനെന്നെ തോന്നി ഇതിലെന്തോ പന്തിയേടുണ്ടെന്ന് ഗുരു ചോദിച്ചു എന്താ ഭരവിൻ്റെ ഉദ്ദേശം എന്താ പറയൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഗുരു പറഞ്ഞ ചോദിച്ചപ്പം പറഞ്ഞു ഗുരു എനിക്ക് ഒരു സിദ്ധനാവണമെന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് കഴിവുകളൊക്കെ വേണം അപ്പം എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തരാം ഗുരു പറഞ്ഞു ഇതാണെങ്കിൽ വന്ന് അന്ന് തന്നെ പറഞ്ഞു ഈ മൂന്ന് ദിവസം വെറുതെ വേസ്റ്റ് ആക്കേണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരാം കുളിച്ചു വരാൻ പറഞ്ഞു അവൻ കുളിച്ചു ഇരിക്കാൻ പറഞ്ഞു കുളിച്ചൊക്കെ വന്ന് ഗുരു അവിടെ ഇരുത്തി ഒരു ജപമാല കൊടുത്തു പിടിച്ചോളാൻ പറഞ്ഞു ഗുരു ജപിച്ചു കൊടുത്തു ഓം നമോ ഭഗവതേ വാസുദേവായ അത്രയുള്ളൂ ഇത്രയുള്ളൂ ആ നൂറ്റെട്ട് പ്രാവശ്യം മൂന്ന് സന്ധ്യകളിൽ ജപിക്കണം പ്രഭാതസന്ധ്യ മധ്യാഹന സന്ധ്യ സായം സന്ധ്യ ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ജപിച്ചാൽ മതി നൂറ്റിയെട്ട് ഒരു ജപിച്ചാൽ മതി എന്താണോ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് അതൊക്കെ സാധിക്കും എഴുന്നേറ്റ് ഓടാൻ പോകുമ്പോൾ ഗുരുവർ ഒരു നിമിഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജപിക്കുന്ന സമയത്ത് കുരങ്ങന്മാരെ ചിന്തിക്കരുത് എന്ത് ഗുരുവിന് ഇങ്ങനെ കുഴപ്പമുണ്ടായിട്ടുണ്ടാവും ഞാൻ കുരങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല ഒരിക്കൽ പോയി കുളിച്ചു ഇരുന്നു ഒന്നാമത്തെ ഓം നമോ പറയുമ്പോഴേക്കും ഒരു കുരങ്ങൻ ചുരുക്കി പറഞ്ഞ ഒരു ഒരടി ജപമാല മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയാം കുരങ്ങനില്ലാതെ ഇതങ്ങോട്ട് നീങ്ങുന്നില്ല അദ്ദേഹത്തിന് ആകെ കുഴപ്പമായി അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്തതാമ്മ എന്താ എന്താണ് കിട്ടേണ്ടത് എന്നുള്ളതിന് എന്തുവേണം ചിലതിനെ ഉപേക്ഷിക്കേണ്ടത് അപ്പം മനസ്സ് എപ്പോഴും ഏതിനെങ്കിലും നമ്മൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് ശ്രമിക്കുന്ന സമയത്ത് അത് അതിനേക്കാൾ ശക്തിയോടുകൂടി നമ്മുടെ ഉള്ളിൽ നിൽക്കും അതുകൊണ്ട് നമ്മുടെ ഉപവാസങ്ങളും മറ്റ് സംഗതികളും നാം ചെയ്യുന്നത് പലപ്പോഴും ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിക്കുന്നതായി തീരും നമുക്ക് ഈ ഗരുഡൻ തൂക്കത്തിന് പറ്റില്ല അതുകൊണ്ട് നമ്മൾ വേറെ വല്ലവരെയും തൂക്കും എനിക്ക് വേണ്ടി അവനെ തൂക്കും അല്ലേ അവനത് തൂങ്ങി തൂങ്ങി നല്ല പരിചയമായി ചിലർ കമ്പി കയറ്റുന്ന കണ്ടിട്ടില്ലേ നാരങ്ങയൊക്കെ വെച്ചിട്ടിങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുന്ന എന്തോ കിട്ടുമെന്ന് കരുതിയിട്ട് ഒന്നും കിട്ടില്ല പിന്നെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ആയാസം കിട്ടുമെങ്കിൽ അത് കിട്ടുമായിരിക്കും അതിങ്ങനെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടാവരുത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു തല കീഴായി കെട്ടിത്തൂങ്ങി തപസ്സ് ചെയ്ത ചമ്പൂകനെ കൊന്നു എന്നതിൻ്റെ പ്രതീകാത്മക വിവരണം ഇത്തരത്തിലുള്ള കാഢമായ ഭക്തിയെ അനുഷ്ഠാനങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്നാണ് തലകീഴായി കെട്ടിത്തൂങ്ങി അടിയിൽ തീക്കൊടുത്ത് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക തപസ് ചെയ്യുക എന്ത് തപസ് ഇതല്ല തപസ് വപുസിനെ തപിപ്പിക്കുന്നതല്ല തപസ് അത് വേറെ ഇപ്പൊ നമ്മളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു ചിലരൊക്കെ അൾസറ് ഭക്ത ഭക്ത ശിരോമിണികൾക്കൊക്കെ ഉണ്ട് അൾസറ് എങ്ങനെ വന്നു ചേർന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം ഉപവാസമാണ് മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി തുടങ്ങിയതാ മകള് എന്ന് പ്രായപൂർത്തിയായി അന്ന് തുടങ്ങി ഉപവാസം അമ്മ എന്തെങ്കിലും ഒന്ന് കഴിക്കാം ചില പാനം ഞാൻ കുടിക്കില്ല ഉമിനീര് പോലും ഞാൻ തൊപ്പിക്കളയാ എന്നാ ശരീരം കുറച്ച് ഉമിനീരുണ്ടാക്കി കൊടുത്തു അങ്ങനെയെങ്കിലും ആവട്ടെ ഇവിടെ പറയുന്നത് അതിൻ്റെ രസമുണ്ടല്ലോ ആ രസത്തെ രസം പോകുന്നില്ല എങ്കിൽ താല്പര്യങ്ങളുണ്ട് അതിൻ്റെ പിറകിലെങ്കിൽ അത് നമ്മളെ അവിടെ ഒന്നും എത്തിക്കില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല അതിന് വേണമെങ്കിലും നല്ല രാവിലെ എഴുന്നേറ്റ് ഒരു ഒരു കിലോമീറ്റർ ഓടിക്കോളൂ പിന്നെ കുറച്ച് നടന്നോളൂ പിന്നെ മൺവെട്ടി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ പഴയ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അലക്ക് നന്നായിട്ട് അടിച്ചാൽ അങ്ങനെ വീട് വൃത്തിയാക്കാം ജനലൊക്കെ തുടയ്ക്കാം എന്തിനു വെറുതെ ഇങ്ങനെ ഓരോ അൾസർ വരുത്തിക്കൊണ്ടൊന്നും ചെയ്യരുത് എന്നിട്ടോ കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നതിന് ഒരു കണക്കുമില്ല രണ്ടു കുറ്റി പുട്ടും ഒരു കിലോ കടലക്കറിയും ഉപവാസമാണ് ഒന്നും കഴിക്കുക സ്വാമി ഉപവാസക്കാരെ പക്ഷേ ഉള്ളിലെ രസം പോയിട്ടുണ്ടോ എന്ന് അറിയാൻ ആത്മപരിശോധനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞേ ഉള്ളൂ ചിലർക്ക് ഉപവാസ സമയത്ത് ഭക്ഷണം വീട്ടിൽ പാകം ചെയ്യാൻ ബുദ്ധിമുട്ടാ സലൈവങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉപവാസമുള്ള വീട്ടിലുള്ള പുരുഷന്മാര് പുറത്തുനിന്ന് കഴിക്കാൻ തയ്യാറായിക്കോളൂ അതാ നല്ലത് ഇവിടെ ഭഗവാൻ പറയുന്ന ഈ ഒരു ഉദാഹരണം വളരെ വളരെ നല്ല ഉദാഹരണ നിരാഹാരസ്യ ദേഹിന രസവർജം വിഷയാഹ വിനിവർത്തന്തേ നിരാഹാരം കിടക്കുന്ന പട്ടിണി കിടക്കുന്ന ഒരുവന് അതുകൊണ്ടാണല്ലോ ഈ പല സമരവും സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കാറുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന പറഞ്ഞു പറയില്ല സ്വാമിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള കണ്ടിട്ടൊന്നുമില്ല ജം വിഷയാഹാ വിനിവർത്തേ അവന് താൽക്കാലികമായിട്ട് ആ ഭക്ഷണം ഇത്യാദി മാറി നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ അവന്റെ എന്തു മാറുന്നില്ല രസം അത് പോയിട്ടില്ല പക്ഷെ ജ്ഞാനിയുടെ കാര്യത്തിലോ രസഹ അപി വിഷയങ്ങളും വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതിന്റെ രസവും നീങ്ങിയിട്ടുള്ളത് കൊണ്ട് എങ്ങനെ നീങ്ങി പരം ദൃഷ്ടുവസോവൈ സഹ അവനാണ് രസം എന്നറിഞ്ഞതുകൊണ്ട് ഉപനിഷത്തിൽ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട് രസോ വൈസഹ അവനാണ് രസം അവനാണ് രസമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഈ ഈ രസം ഇത് ഒരു പുളിരസം കണ്ടാൽ മതി അപ്പോഴും നിവർത്തണ്ടേ അത് അതിൽ വിട്ടുമാറിയിരിക്കണം അതുകൊണ്ട് ഇത് ഓർത്തുവെക്കുക ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തില് ഭക്തിയുടെ പേരില് ശാന്തി കിട്ടാൻ വേണ്ടി നാം അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളാണെങ്കിൽ അതിനെയൊക്കെ നമ്മളെ നേരായ വഴിക്ക് ഭഗവാൻ നയിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കും ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ട് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വെച്ച് പുലർത്തുന്നത് അതിനൊക്കെ ഒരു പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം അതിതാ ഭഗവത്ഗീത പോലുള്ള പ്രമാണങ്ങളാവട്ടെ നമുക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യും അതുകൊണ്ട് പറയാം ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുതി പലർക്കും അങ്ങനെയാ ഒരുപാട് പേരിങ്ങനെ പറയുമ്പോ അവർക്ക് അതിലൊരു തൃപ്തിയുണ്ട് അങ്ങനെയാവരുത് നമ്മുടെ ശരീരം വല്ലാതെ തളരുന്നു അങ്ങനെ ചിലപ്പോ ചിലർക്ക് കണ്ണ് തന്നെ കാണില്ല വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും എങ്ങനെയോ അങ്ങോട്ട് പോയി കിടക്കുക അങ്ങനെയൊന്നും ആവരുത് ശരി തുടർന്ന് നോക്കാം ി പ്രസഭം ഹേ കൗന്ദ അല്ലയോ അർജുന കുന്തി പുത്ര യതതഹ യതതഹ എന്ന് പറയുന്നത് യത്നിക്കുന്നവർ പ്രയത്നിക്കുന്നവർ അവര് വിഭശ്ചിത pandita എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ പണ്ഡിതനായ പുരുഷസ പുരുഷന്റെ മനഹ അപ്പൊ യഥത വിഭസ്ചിത പുരുഷസിയ മന അഭി പണ്ഡിതനായ ഒരു പുരുഷന്റെ ഒരു മനുഷ്യന്റെ പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുന്ന ഒരുവൻ എന്ന് അറിഞ്ഞാൽ മതി അവന്റെ മനസ്സ് പോലും പ്രമാദീനി ക്ഷോഭമുണ്ടാക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങൾ പ്രസവം ഹരന്തി ബലാത്കാരമായി അവനെ അപഹരിക്കുന്നു അവ നിങ്ങൾ വിഷമിക്കേണ്ട ഭഗവാൻ ഇതാ അതിനെ വെളിപ്പെടുത്തി തരിക അയ്യോ എനിക്കെന്ത് പറ്റി ഇങ്ങനെ തോന്നാൻ വേണ്ട ഇതാ പറഞ്ഞിരിക്കണു നമ്മുടെ അതായത് നമ്മുടെ ഈ ശ്രമിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ള ഋഷീശ്വരന്മാർ വിശ്വാമിത്രനും അതുപോലെ ഒരുപാട് പേരുണ്ടല്ലോ എന്താ മഹർഷീശ്വരന്മാരൊക്കെ കാട്ടിലൊക്കെ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് അവർ കാട്ടിലൊരു ഓരത്തൊരു മൂലയിൽ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ അവർ കാട്ടിൽ വല്ല ഗുഹയുടെ തീരത്തോ നദിയുടെ തീരത്തോ ഇരുന്നങ്ങനെ തപസ് ചെയ്യുമ്പോഴാണ് ഈ സുന്ദരികൾ അവരുടെ മുന്നിൽ പോയിട്ട് ഡാൻസ് കളിക്കുക നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് വല്ല നാട്ടിലാണെങ്കിൽ ആളെങ്കിലും ഉണ്ട് കാണാൻ ഈ കാട്ടിൽ മെനക്കെട്ട് പോയി എന്തിനാണ് ഇവർ ഈ താടിക്കാരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് ഇവരാർക്കും ഒരു ശല്യവും ചെയ്യാതെ മര്യാദയ്ക്ക് അവിടെ അവിടെ പോയി ഇരുന്ന് അങ്ങനെ തപസ്സ് ചെയ്യുമ്പോഴാണ് ഇവരുടെ നൃത്തം മുറുക മുറുകി കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അദ്ദേഹത്തിന് ഇവളിൽ അനുരാഗം ഉണ്ടായി എന്നും അതിലൊരു കുട്ടിയുണ്ടായിരുന്നു ഒക്കെ കഥ പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ഡാൻസ് അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എന്താ ഇതിൻ്റെയൊക്കെ താല്പര്യം താല്പര്യം ഇതാണ് നമ്മൾ ഏത് ഗുഹാമുഖത്തിലേക്ക് പോയി കഴിഞ്ഞാലും ശക്തിയായിട്ട് നമ്മുടെ മുൻപിൽ നൃത്തം വെക്കുന്ന വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ അങ്ങനെ അതിൻ്റെ എല്ലാ സർവ സൗന്ദര്യത്തോടും കൂടി നമ്മുടെ മുൻപിൽ നടനം ചെയ്യും ഓർത്തുള്ളൂ നിങ്ങൾ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരാൾ ഒരു ശിഷ്യൻ ഇതുപോലെ സ്വാമി ഞാൻ പോയിട്ട് ധ്യാനിക്കട്ടെ എന്ന് ചോദിച്ചു എൻ്റെ തപസ്സ് മുടക്കാൻ ആരെങ്കിലും വരുമോ എന്നാൽ പിന്നെ കാണായിരുന്നു എന്ന് പറയാം അങ്ങനെ അവനി ഇരുന്ന് അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് ചെലങ്കിയുടെ ശബ്ദം എന്നിട്ടോ ഓ മഴ പെയ്യുന്നു നോക്കിയപ്പോ ഒരു പശു ആയിരുന്നു അത് മൂത്ര ഒഴിച്ചതായി അതെ ചോറുവശിയാണ് ഇതിനെയൊക്കെ അങ്ങനെ വേണം എടുക്കാൻ എന്താണ് നമ്മൾ അതിന് പോയി കഴി എന്താ പറയാ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ് ഇന്ദ്രി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്ന സമയത്ത് വീണ്ടും ഇന്ദ്രിയങ്ങൾ അതിൽ വീണയക്കാം അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നു ഒരു തീരുമാനം എടുത്തു ജാൻവരി ഒന്ന് ഞാൻ പുക വലിക്കില്ല ഒന്നാം തീയതി തീപ്പട്ടി ഒഴിവാക്കി ഒക്കെ ഒന്നും കാണുക വേണ്ട വളരെ ഡീസന്റ് രണ്ടാം തീയതി ഒരു പാൻ പരാഗ് കഴിക്കാൻ തോന്നി മൂന്നാം തീയതി വയ്യ പക്ഷേ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഡോക്ടറും പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശേനാവാം അതുകൊണ്ട് ഒരെണ്ണമാവാം ഒരെണ്ണം അങ്ങനെ ഒന്നായി മൂന്നാം തീയതി നാലാം തീയതി അതുപോലെ ഒന്ന് രാവിലെ തന്നെയാവാം ബാത്റൂമിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് രണ്ടു മൂന്ന് നാല് ദിവസമായിട്ടൊരു സുഖാവൊന്നില്ല പിന്നെ നാലാം തീയതി ഒന്ന് രാവിലെ ഒന്ന് രാത്രി കിടക്കാൻ നേരം അങ്ങനെ രണ്ടാമത് അഞ്ചാം തീയതി ആറാം തീയതി ആവുമ്പോൾ പഴയതിനേക്കാൾ അധികാവും പക്ഷെ ഒന്ന് രണ്ട് മൂന്നിന് നമുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് നോക്കണം അത് മൂന്നാം തീയതി സംഭവിക്കുന്ന അയ്യോ ഞാനിതാ വീണുവല്ലോ അപ്പൊ എത്രയും ശക്തമാണ് വാസനകള് ആഗ്രഹങ്ങൾ എന്നറി അറിയണം നമ്മൾ അല്ല ഇത് നടപ്പില്ല എന്നല്ല അറിയണം അതിലങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കരുത് ഓ നടക്കില്ല എന്ന് അങ്ങനെയുണ്ട് ഈ മുല്ല മുല്ല മുല്ല മുല്ല പറഞ്ഞു ഞാൻ മരിച്ചു വന്നു ഭാര്യ പറഞ്ഞു നിങ്ങൾ മരിച്ചിട്ടില്ല മരിച്ചവർ സംസാരിക്കില്ല നിങ്ങൾ അല്ല ഞാൻ മരിച്ചു എന്ന് പറയാം അങ്ങനൊരു ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറോടും പറഞ്ഞു ഞാൻ മരിച്ചു വന്നു ഡോക്ടർ പറഞ്ഞു അത് ഇങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തോന്നും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അതെങ്ങനെയൊക്കെ ആളുകൾ പറയും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താണെന്നറിയോ ഇത് സൂചിയാണ് സിറിഞ്ച് സിറിഞ്ച് അപ്പോൾ ഇതാ അത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡോക്ടറുടെ കയ്യിലിങ്ങനെ കുത്ത് അപ്പോൾ ബ്ലഡിങ്ങനെ വന്നു മരിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കണ്ടു ബ്ലഡ് വരും മരിച്ചു അല്ല ജീവനുണ്ട് ഡോക്ടർ ഇല്ലേ കണ്ടോ ബ്ലഡ് വരും ഡോക്ടർ മരിച്ചിട്ടുണ്ടോ ഇല്ല കാണിക്കുമില്ല കാണിച്ചു ഒറ്റ കുത്തു കൊടുത്തു അപ്പോൾ ബ്ലഡ് വന്നു മനസ്സിലായി നിങ്ങൾ മരിച്ചിട്ടില്ല മനസ്സിലായി എന്താ മനസ്സിലായത് ഇപ്പൊ മനസ്സിലായി മരിച്ചവരിൽ നിന്നും ബ്ലഡ് വരുന്നു അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തും എന്ത് തീരുമാനത്തില നാട്ടപ്പില്ല ഈതൊന്നും ഉണ്ടല്ലോ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈതിനെയൊന്നും നമുക്ക് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് മക്കളെ പറയണ ഒന്നും തുടങ്ങരുതെന്ന് അച്ഛനൊന്നും ഇതിന്ന് ജന്മത്തിന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല അതുകൊണ്ട് നീയെങ്കിലും ഇതൊന്നും തുടങ്ങരുത് എന്ന് അച്ഛൻ ഉപദേശിക്കും പക്ഷേ സാധ്യമാണ് സാധ്യമാണ് എന്നതിൻ്റെ കല പറയുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് ഏതായാലും ഇവിടെ ആദ്യം പറയുന്നത് നമ്മളൊരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം ആവില്ല ഈ തീരുമാനം എടുക്കേണ്ടതൊക്കെ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ തീരുമാനം എടുത്തത് ആരാണെന്നറിയോ തീരുമാനം എടുത്തത് ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ എൻറ്റയർ ബോഡി ഉണ്ടല്ലോ ഈ ശരീരത്തിലെ പൂർണ്ണമായ സംവിധാന ക്രമം എല്ലാവരും അറിയണം നമ്മുടെ തീരുമാനം നമ്മൾ വെറുതെ വാചികമായിട്ട് മനസ്സിൽ ഒരു എടുത്തൊരു തീരുമാനമാണ് നമ്മുടെ ഓരോ സെല്ലും അറിയണം ഓരോ സെല്ലും ആ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ അത് റിജക്ട് ചെയ്യും പിന്നെ നിങ്ങൾ പുക വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക വല്ലാതെ ചുമയൊക്കെ ഉണ്ടാവും ഇപ്പൊ എടുക്കുന്ന തീരുമാനം ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ ഞാൻ നാളെ വരാം എന്ന് പറയില്ലേ ഞാൻ നാളെ ഫോൺ ചെയ്യാന്ന് പറയില്ലേ എന്നിട്ട് ഫോൺ ചെയ്യുന്നത് പോയിട്ട് ഒന്നും ചെയ്യില്ല വരു പോവൂല പറയുമ്പം തന്നെ അറിയാം ഞാൻ വരില്ലയെന്ന് പോവില്ലേ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഓരോന്നും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ശരി ഞാൻ ശ്രമിക്കാം എന്നാൽ കഴിയുന്നതും ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ശ്രമിക്കുകയില്ല നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം പറയുകയാണ് കഴിയുന്നതും ശ്രമിക്കാം കേട്ടോ ഞാൻ ഉപനിഷത്തിൽ പറയുന്നുണ്ട് തേ സന്തു തേ സന്തു അപ്പൊ അതെന്നിൽ സംഭവിക്കണം എന്നിൽ സംഭവിക്കണം ആ ഒരു തീരുമാനം എടുക്കൽ എങ്ങനെയാണെന്നറിയോ പ്രാണനെയൊക്കെ പിടിച്ചുകൊണ്ടാണെന്നാ നമ്മൾ പ്രാണനെ ആർക്കെങ്കിലും എന്തിൽ നിന്നെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ സമയത്ത് അതൊക്കെ പറയും എന്നാലും ഈ സന്ദർഭം വന്നുകൊണ്ട് പറയുക ഏതിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാമി പറയുന്നു പുകവലി അപ്പൊ പുകവലിയെ ഞാൻ അതിജീവിക്കണം എങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുക രാവിലെ പ്രാണനെ ശരീരത്തിനകത്തേക്ക് എടുക്കാതെ പുറത്തു നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് എന്നോട് പറയാണ് ഞാൻ പുക വലിക്കില്ല ഞാൻ പുക വലിക്കില്ല ഞാൻ പുക വലിക്കില്ല എന്ന തീരുമാനം ഈ തീരുമാനമുണ്ടല്ലോ ശരീരത്തിലെല്ലാവരും അറിയും പിന്നെ പ്രാണന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ആ കോംപ്രമൈസ് അവർ പറയും വലിക്കില്ല എന്നുള്ളതിൽ അതുപോലെ പിന്നെ അങ്ങോട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പുറത്തുവിടാതെ പറയുക ഞാൻ എടുത്ത തീരുമാനം ഇങ്ങനെ ആവർത്തിച്ചെടുക്കണമുള്ളിൽ ചിലപ്പോൾ എന്താണെന്നറിയാം എടുത്ത തീരുമാനം നമ്മൾ പോലും അറിയില്ല നാല് തേറിട്ട് വലിച്ചു കഴിഞ്ഞിട്ടാ അയ്യോ ഞാൻ ഇന്നലെ ഒരു തീരുമാനം എടുത്തിരുന്നല്ലോ എന്ന് ഓർക്കുന്നത് നിങ്ങൾ ഇതുപോലൊരു തീരുമാനം എടുത്തു ഞാൻ നാളെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല നിങ്ങളെ നാടി ഞരമ്പുകളൊക്കെ പറയും എഴുന്നേക്കുമെന്ന് പറയും ഞാൻ നാളെ അവിടെ എത്തും എന്ന് പറഞ്ഞാൽ തീരുമാനം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളെ ഇളകും ഓ അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊരു ഏകീഭാവം വരാനുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരാൾ ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടാണ് ഇപ്പൊ ഈ രഥം പോണത് എങ്ങനെയാണെന്നറിയാം ഇതിനൊരു ഡ്രൈവറില്ല ഒരു കുതിര ഇങ്ങോട്ട് പോകുമ്പോൾ എന്നാ ശരി അങ്ങോട്ടാണ് ഒരു കുതിര എങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് തന്നെ ഇവിടെ പറയണ ഗീത ഇതിനെ ഭഗവാന്റെ കൈകളിലേക്കുള്ള പിടുത്തം ആ കടിഞ്ഞാണുകൾ അങ്ങനെ പിടിക്കാനുണ്ടല്ലോ ആ അങ്ങനെ കൊടുക്കണം അപ്പം ആ കൊടുക്കുന്ന വേളയിൽ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചാളാണ് പണ്ഡിത വിപശചിത അഭി പോലും മനഃ പ്രമാദീനി മനസ്സിന് ക്ഷോഭമുണ്ടാക്കുന്നു ഇന്ദ്രിയണി പ്രസഭം ഹരന്തി ഹരന്തി എന്നാണ് പറയുന്നത് മോഷ്ടിക്കപ്പെടുന്നു അപഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപഹരിക്കുക എന്താ പ്രയോഗങ്ങൾ നോക്കൂ വ്യാസൻ്റെ എന്ത് ഗംഭീരങ്ങളാണ് നമ്മൾ പോലും അറിയാതെ വീണ് പോകുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളറിയോ എന്ന് കള്ളൻ മോഷ്ടിക്കുന്നത് അങ്ങനെയല്ലേ അറിഞ്ഞുകൊണ്ടാണോ കള്ളൻ ഇതാ ഞാൻ എടുക്കുന്നേ എടുക്കുന്നു എടുക്കുന്നു അങ്ങനെയാണോ അല്ല ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ പോകുന്നത് നമ്മൾ പോലും അറിയാതെയാണ് അത്ര കഴിഞ്ഞിട്ടാണ് നമ്മളറിയ ഓ അത്രയും അതുകൊണ്ടാണ് ക്ഷുരസ്യധാരാ നിശിതം ദുരത്തയാ എന്ന് പറഞ്ഞാൽ കത്തിയുടെ വായ്ത്തലയുടെ മുകൾ ബാർബറുടെ കത്തിയുടെ മോൾ കൂടുള്ള നടപ്പാണ് എന്ന് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി അവൻ കക്കുന്നു അതാണ് ജനകൻ ഒരിക്കൽ കൊട്ടാരത്തെന്ന് പറഞ്ഞു ഓ ഞാൻ പിടിച്ചു അവനെ ഞാൻ പിടിച്ചു ഹനുഷ്യേഹം ഹനുഷ്യേഹം ആളുകൾ വിചാരിച്ച് രാജാവിന് വട്ടുപിടിച്ചു പോകുന്നു ഞാൻ കള്ളനെ പിടിച്ചു കള്ളനെ പിടിച്ചു ഏ ഇവിടെ നോക്കിയിട്ട് ഒരു കള്ളനുമില്ലല്ലോ ആരാണത് മനയേവ മനസ്സ് തന്നെ മനസ്സെന്ന് ആ കള്ളനെ ഞാൻ പിടിച്ചു വന്നു പെട്ടെന്നാണ് രാജാവിന് തോന്നി ഹോ ഞാൻ പിടിച്ചു വന്നു ഇവനാണ് എന്നെ അപഹരിച്ചത് ഇവനാണ് എന്നെ അപഹരിച്ചത് അനുഷേഹം ഇന്ന് ഞാനവനെ ഇല്ലാണ്ടാക്കും മനസ്സിൽ നല്ല എന്താ സ്വാധീനം വന്ന ഒരാളാണ് ജനകൻ ഭഗവാൻ ഇതിൽ ജനകനെ ഉദാഹരിക്കാൻ പോകുന്നുണ്ട് ക്ഷുരസ്യധാരാ നിശിതം ദുരത്തയാ എന്ന് പറഞ്ഞാൽ കത്തിയുടെ വായ്ത്തലയുടെ മോൾ ബാർബറുടെ കത്തിയുടെ മോൾ കൂടുള്ള നടപ്പാണ് എന്ന് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി അവൻ കക്കുന്നു ജനകൻ ഒരിക്കൽ കൊട്ടാരത്തെന്ന് പറഞ്ഞു ഓ ഞാൻ പിടിച്ചു അവനെ ഞാൻ പിടിച്ചു ഹനുഷ്യേഹം ഹനുഷ്യേഹം ആളുകൾ വിചാരിച്ച് രാജാവിന് വട്ടുപിടിച്ചു വന്നു ഞാൻ കള്ളനെ പിടിച്ചു കള്ളനെ പിടിച്ചു ഏ ഇവിടെ നോക്കിയിട്ട് ഒരു കള്ളനുമില്ലല്ലോ ആരാണത് മനയേവ മനസ്സ് തന്നെ മനസ്സ് എന്ന് ആ കള്ളനെ ഞാൻ പിടിച്ചു പെട്ടെന്നാണ് രാജാവിന് തോന്നി ഹോ ഞാൻ പിടിച്ചു ഇവനാണ് എന്നെ അപഹരിച്ചത് ഇവനാണ് എന്നെ അപഹരിച്ചത് അനുഷേഹം ഇന്ന് ഞാൻ അവനെ ഇല്ലാണ്ടാക്കും മനസ്സിൽ നല്ല എന്താ സ്വാധീനം വന്ന ഒരാളാ ജനകൻ ഭഗവാൻ ഇതിൽ ജനകനെ ഉദാഹരിക്കാൻ പോകുന്നുണ്ട് ഇപ്പം ഓർത്തുകൊള്ളുക അല്ലാതെ നമ്മൾ ഇങ്ങനെ തീരുമാനം എടുക്കരുത് ഇതിലൊക്കെ നമ്മൾ തീരുമാനം എടുക്കുക എങ്ങനെയാണെന്നറിയാം ഇപ്പൊ മനസ്സിലായി സാറിന് എന്ത് മനസ്സിലായി പണ്ഡിതന്മാർ പോലും വീണ് പോണം പിന്നെയാണ് ഈ പാമരനായ ഞാൻ അതിനൊരു രക്ഷയില്ല നമ്മൾ അങ്ങനെ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യും അതുകൊണ്ട് ശ്രദ്ധാപൂർവം എന്ന് ഭഗവാൻ പറയുക അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഒരു വേള നമ്മളിതിനെയൊക്കെ അതിവർത്തിക്കാനുള്ള ഒരു വെമ്പൽ നമ്മുടെ മനസ്സിൻ്റെ ഉണ്ട് പക്ഷേ ഇന്ദ്രിയങ്ങളെ ഇത്ര കാലവും താലോലിച്ച് പരിപാലിച്ച് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അവനെ കണ്ടുകഴിഞ്ഞാൽ അവനങ്ങോട്ട് നോക്കും അത് ഭഗവാൻ പറയണത് അപ്പോൾ ഒരു ഒരു ഇതൊക്കെ വെച്ചോളാൻ പറയുക വെറുതെ വയ്ക്കാനല്ല അറിവാകുന്നത് വയ്ക്കുക എന്നിട്ട് നോക്കുക അതാണ് ഫിൽട്ടർ എന്നിട്ട് ഇതിലായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപകടമുള്ളത് ഏതാണ് അപകടമില്ലാത്തത് ഏതാണോ ഏത് വഴിക്ക് പോവാം ഏത് വഴിക്ക് പോകേണ്ട ഇടയ്ക്കിടയ്ക്ക് ആമയും ഓർത്തോളാം ഇപ്പം ഞാൻ എന്താ വേണ്ടത് പുറത്തേക്ക് ഇടണം അതോ മുള്ളമ്പന്നിയെ പോലെ മുള്ളുകളൊക്കെ പുറത്തേക്ക് ആസണം ഉൾവലിയുന്നതായിരിക്കും ഏറ്റവും നന്നാവുക തുടർന്ന് നോക്കാം യുക്തീത മത്പരേന്ദ്രിയതിഷ്ഠിത താഴെ സർവാണി സംയമ്യുക്തീത മത്പര വശേ യാണ് തതിഷ്ഠിത ഭഗവാൻ ഈ ചിത്രത്തെ കുറിച്ച് എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയണു താഴെ സർവാണി താനി എന്ന് പറഞ്ഞാൽ അവയെല്ലാം ഏത് ഇന്ദ്രിയങ്ങളെയെല്ലാം സംയമ്യ സംയമ്യ സംയമനം ചെയ്തിട്ട് അടക്കിയിട്ട് ബലാത്കാരേണ എന്നല്ല അപ്പുറത്ത് നിന്നിട്ട് ഒരു പടി മുകളിൽ കയറി നിന്നിട്ട് ആണ് അതുകൊണ്ട് കൃഷ്ണന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായ വളരെ സൗകര്യം നമുക്ക് കൃഷ്ണനേക്കാൾ പരിചിതൻ ബുദ്ധനാണ് ബുദ്ധൻ മോശക്കാരൻ എന്നല്ല സ്വാമി പറയുന്നത് പരിത്യാഗം കൃഷ്ണനിൽ നിന്ന് പഠിക്കണം ബുദ്ധനിൽ നിന്ന് പഠിച്ചാൽ കുഴപ്പമാണ് കാരണം ഭാര്യയെയും കുട്ടിയെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും കൃഷ്ണൻ അതില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പരിത്യാഗം എന്ന് പറഞ്ഞാൽ അതിനെ സമാശ്ലേഷിക്കലാണ് കൃഷ്ണൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പരിത്യാഗം ഒന്നിനെയും ഉപേക്ഷിക്കുന്നതിലൂടെയല്ല എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതാണ് പരിത്യാഗം അതിൽ ഞാനില്ല മറ്റത് വലിയ കുഴപ്പമാണ് ഒരിക്കലും നമുക്കത് അനുകരണീയമല്ല എന്ന് പറയാം അതുകൊണ്ട് ബുദ്ധൻ്റെ മാർഗവും കൃഷ്ണന്റെ മാർഗവും രണ്ടും രണ്ടാണ് ഒന്ന് പരിത്യാഗത്തിൻ്റെതാണെങ്കിൽ ഒന്ന് സമ്പൂർണ്ണ സ്വീകാര്യതയുടേതാണ് മാർഗം രണ്ടും ഒന്നാണ് പക്ഷേ വഴികളിൽ കുഴപ്പമുണ്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഭഗവാൻ പോകാൻ നമ്മളെ കൊണ്ടുപോകുന്ന വഴി വളരെ എളുപ്പമാണ് അതിന് നമുക്കൊന്നിനെയും ഉപേക്ഷിക്കേണ്ട ഇവിടെ പറയുന്നു സംയമ്യ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്ന് തന്നെയാണ് അടക്കിയിട്ട് എന്നല്ല അടക്കിയിട്ട് എന്ന് സാരമുണ്ടാവും പക്ഷേ അതിനെ മനസ്സിലാക്കുമ്പം അപ്പുറത്തേക്ക് ഒരു പടി മുകളിലേക്ക് എന്നാണ് ഒരു കഥയുണ്ട് ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ കഥ ഒരു ഭിക്ഷു സാധു ഒരു മഹാത്മാവ് ഒരു വൃക്ഷ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു മരം വെട്ടുകാരൻ കേട്ടിട്ടുണ്ടാവും മരമെട്ടുകാരൻ വരും ആ മരമെട്ടുകാരൻ അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ട് മരമൊക്കെ മുറിച്ച് അങ്ങനെ പോകുന്നത് കാണുമ്പം ഇദ്ദേഹം പറയും കുറച്ചുള്ളിലേക്ക് പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറയാം മരമല്ലാത്തത് അവനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇടപാട് അപ്പൊ അവൻ പറയും ഞാനിങ്ങനെ മരങ്ങളൊക്കെ മുറിച്ച് കൊണ്ടുപോയി വിറ്റ് എന്നിട്ട് വലിയ കഷ്ടപ്പാടാണ് കുടുംബത്തെ പുലർത്താൻ എന്ന് അപ്പൊ ആ കഷ്ടപ്പെടുന്ന അവനോട് പറയും നീ കുറച്ചുള്ളിൽ പോയാൽ നിനക്ക് ലോഹങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാം അപ്പൊ അവന് കുറച്ചുള്ളിലേക്ക് പോയപ്പോ കുറച്ച് ഇരുമ്പ് ലോഹങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിന്നാണ് അപ്പൊ അവൻ വലിയ സന്തോഷമായി അത് കൊണ്ടുപോയി പിന്നെ അവനെ ഒന്ന് രണ്ട് മാസത്തേക്ക് കണ്ടില്ല കാരണം ലോഹം കൊണ്ടുപോയതുകൊണ്ട് മരം കൊണ്ടുപോകുന്ന സമയത്ത് ആഴ്ചയിൽ ആഴ്ചയിൽ വരാറുണ്ടായിരുന്നു പിന്നെ അവൻ വന്ന സമയത്ത് അവനോട് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു വെള്ളിയൊക്കെ ഇരിപ്പുണ്ട് അവൻ അവിടെ അദ്ദേഹം ഉള്ളിൽ പോയി വെള്ളി കിട്ടിയിരുന്ന തിരിച്ചു പോകുന്നു പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത് അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി കുളയാം അപ്പോഴും ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു ഉള്ളിലേക്ക് പോയാൽ സ്വർണം കിട്ടുന്ന അതുപോലെ പോയി സ്വർണം കിട്ടി കുറേ കാലത്തേക്ക് കഴിഞ്ഞിട്ട് പിന്നെ വന്നു ഉള്ളിലേക്ക് ഇദ്ദേഹം വീണ്ടും പറഞ്ഞു രത്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം അവിടെ ഇരുന്നു കാരണം എനിക്കറിയാം ഉള്ളിലേക്ക് പോയാൽ രത്നമുണ്ട് എന്നെനിക്കറിയാം കാരണം ഇതുവരെ അങ്ങയുടെ വാക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഞാൻ പോയി എനിക്കത് കിട്ടി പക്ഷേ ഇതൊക്കെ അറിഞ്ഞ് അങ്ങിവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതാ എനിക്ക് മനസ്സിലാവാത്ത ഇതിൻ്റെ വിദ്യ എന്താ സൂത്രം അപ്പൊ അതേ പറഞ്ഞ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയവനാ എന്നാ എനിക്ക് അത് പറഞ്ഞു അങ്ങനെ അവന് ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് വിറകിൽ നിന്ന് ലോഹത്തിലേക്കും ലോഹത്തിൽ നിന്ന് വെള്ളിയിലേക്കും വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്കും സ്വർണത്തിൽ നിന്ന് രത്നത്തിലേക്കെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്കും അതിൽ നിന്ന് അഹംബോധത്തിലേക്കും അതിൽ നി അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്കുമുള്ള പ്രയാണമാണ് വെറുതെ ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിട്ട് കാര്യമില്ല കഥയുടെ സാരതാണ് ഉള്ളിലേക്ക് അല്ലാതെ നിങ്ങൾ ഉടനെ ആലോചിക്കും സാമി എന്തേ പറയുന്നത് കാടിൻ്റെ ഉള്ളിൽ പോയാൽ ലോഹം കിട്ടും അതിൻ്റെ ഉള്ളിൽ പോയ വെള്ളി കിട്ടും അതിൻ്റെ ഉള്ളിൽ പോയ സ്വർണം കിട്ടോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ ആം വെരി സോറി നമ്മളോടാണ് കഥ പറയുന്നത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എങ്ങനെ ഈ ഉള്ളിലേക്ക് പോവല് ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല ഒരു മഹാത്മാവ് ഒരു ഉദാഹരണം പറയുന്നത് ഗംഭീരാണ് അതിൻ്റെ മുകളിൽ വലിയ ഉദാഹരണം നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ അദ്ദേഹം പറയുന്നത് നിങ്ങളിങ്ങനെ പത്രം വായിച്ചിരിക്കുകയാണ് വീട്ടിൽ ഒരു ഞായറാഴ്ച കുറച്ച് സമയം അധികം കിട്ടിയിന്നിരിക്കട്ടെ അപ്പം നമ്മളിങ്ങനെ ഉമ്മർത്തി ഇരുന്ന് പത്രം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു പത്തര മണിയൊക്കെയാണ് പത്ത് മണിന്ന് കൂട്ടിക്കോളൂ ആ സമയത്ത് നമ്മളിങ്ങനെ ഈ കൈ വെച്ച് ഇങ്ങനെ നമ്മുടെ കസേര അവിടെ ഒരു തിണ്ടുണ്ട് ചെറിയ വരിത്തിണ്ട് അതിലിങ്ങനെ കൈ വെച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു അപ്പോൾ വെയിൽ വന്നിങ്ങനെ വിഴുന്നുണ്ട് വെയിൽ വന്നിങ്ങനെ വീഴുന്ന സമയത്ത് ആ വെയിലിൻ്റെ ചൂട് വളരെ കുറച്ച് കുറച്ചിങ്ങനെ കയ്യിൽ തട്ടുമ്പം ആ കൈ നമ്മൾ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് എടുക്കാൻ വലിയ പ്രയത്നം വേണോ ഓ എന്ന് നമ്മൾ പോലും അറിയാതെ ആ കൈ ഇങ്ങോട്ടാവും ഇതുപോലെ എന്നാ പറയണത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നത് ഓരോരാൾ ആരും അറിയരുത് കാര്യം അനായാസേന അങ്ങേയറ്റം ഒരു പുഷ്പം വിടരുന്നത് പോലെ വളരെ വളരെ നോക്കി എന്നാൽ പോലും കാണില്ല ഒരു പൂ വിടരുന്നത് പോലെ വേണം നമ്മൾ ഈ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ അതുകൊണ്ട് സംയമ്യ വാക്ക് തന്നെ അതാണ് സംയമ്യ എന്നാണ് സംസ്കൃതത്തിന് സംസ്കൃതത്തിൻ്റെ സൗന്ദര്യമുണ്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒരു ഭാഷയിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കിട്ടില്ല എന്ന് പറയാം സംയമനം സംയമനം ചെയ്തിട്ട് അടക്കിയിട്ട് മനസ്സിനെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പൊ അടക്കിയിട്ട് എന്നൊക്കെ പറയുന്നു ശ്രദ്ധിക്കുക അപ്പുറത്തേക്ക് മത് പരഹ ഞാൻ തന്നെ പരമം എന്ന് കരുതിയിട്ട് എനിക്ക് അപ്പുറം എന്നിൽ നിന്ന് അപ്പുറം വേറെ ഒന്നുമില്ല നമ്മുടെ കേന്ദ്രം തന്നെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് മത്പര ആസീത ഇരിക്കണം അതിനാണ് ഉപനിഷ എന്ന് പറയാ ഉപാസനം എന്ന് പറയുക ഉപവാസം എന്ന് പറയുക എന്താ ഈ ഉപവാസം ഇതാ ഉപസമീപെ വസ് വസിക്കുക സമീപത്ത് വസിക്കുക ആരോടെ സമീപത്ത് ഞാൻ എൻ്റെ സമീപത്ത് അതിനെന്ത് വേണം ഉൾവലിയണം ഞാനിപ്പോ ഇരിക്കുന്നതോ പലയിടത്തും ഉപനിഷത്ത് ഉപവാസം ഉപാസന ഇതൊക്കെ മഹത്തായ അർത്ഥത്തെ ഗർഭം ധരിച്ച വാക്കുകളായി ഇതൊക്കെ ആസീത ഇരിക്കണം യസ്യ യാതൊരുവന്റെ ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങൾ വശേ വശേ എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിൽ അവനിൽ വർത്തന്തേ വർത്തിക്കുന്നുവോ തസ്യ അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതായി അവൻ്റെ പ്രജ്ഞ ഉറപ്പുള്ളതാണ് എന്ന് അപ്പൊ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അതങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ എവിടെയാണ് പിടിച്ചിരിക്കുന്നത് ഭഗവാൻ അങ്ങനെ പിടിച്ചിരിക്കുക ഇങ്ങനെ വേണം എപ്പോഴും ഇനി ഭഗവാൻ പറയുന്നു മഹാത്മജി ഭഗവത്ഗീതയിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ഈ വരുന്ന ശ്ലോകത്തിലൂടെയാണ് അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് കാണുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ോകം നശിക്കുന്നത് ഇനി ലോകം നശിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ നാശം ഒരു രാഷ്ട്രത്തിൻ്റെ നാശം ഒരു ദേശത്തിൻ്റെ നാശം ഒരു കുടുംബത്തിൻ്റെ നാശം വ്യക്തിയുടെ നാശം ഗീതയിൽ ഞാൻ ദർശിച്ചു എന്ന് പറയുന്നത് ഈ ശ്ലോകമാണ് വരുന്ന രണ്ട് ശ്ലോകങ്ങൾ ൂപത്തെ സങ്കാ സംയുത്തെ കാമ കാ കോധാഭവതി സംമോഹ സമോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രം ബുദ്ധിനശി പ്രണശ്യത്തി ध्याया पुंसु उपजाते संगा संये से काम का क्रोध भवति क्रोधा बवती सोहोहा स्मृति स्मृतिभ्रंशा बुद्धिनाश हैुना प्रणश्य ध्यान पुंस വിഷയാൻ വിഷയങ്ങളെ ഇന്ദ്രിയ സുഖങ്ങളെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പോകുന്ന ഓരോരോ കാര്യങ്ങളെ പുമാൻ ധ്യായതഹ പുംസഹ ധ്യായതഹ മനുഷ്യൻ ധ്യാനിക്കണം അവനിങ്ങനെ ധ്യാനിക്കണം ധ്യാനിക്കാൻ ഈ ലോകത്തിലെ രണ്ടേ രണ്ട് വിഷയമേ ഉള്ളൂ എന്താണ് ഒന്ന് ഈ പറഞ്ഞ വസ്തുക്കൾ രണ്ട് ഈശ്വരൻ സ്വാമി ഓ ഒന്നുകൂടെ പറയൂ ഒന്ന് പ്രപഞ്ചത്തിലെ ബാഹ്യമായ വസ്തുക്കൾ ശരി മറ്റത് ഈശ്വരൻ അതാ സ്വാമി ഒന്നുകൂടെ പറയാൻ പറഞ്ഞ അതെ സ്വാമി കുറച്ചു ദിവസം മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് ഇതം സർവം ഈശാവാസ്യം ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എന്തിനാ ധ്യാനിച്ച അപ്പം എന്താ കുഴപ്പം ഇല്ലേ അതെ നമുക്ക് നോക്കാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് ഈ വിഷയങ്ങളിലൂടെ വേണ്ടത് ഈ ഒരു ആനന്ദമാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഈശ്വരനെ തന്നെയാണ് പക്ഷേ നമുക്കറിയില്ല അത് പലരും അതിന് പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ കാരണം അവർക്ക് വേണ്ടത് സുഖമാണ് സുഖം ശാശ്വതമായ സുഖം മുറിവില്ലാത്ത സുഖം അങ്ങനെ ആനന്ദമായിട്ടിരിക്കണം കാറ് മേടിച്ചാൽ കിട്ടുന്നു യാച്ചു പക്ഷെ കിട്ടിയില്ല വീടുണ്ടാക്കിയാൽ കിട്ടുന്നു ചോദിച്ചു പക്ഷെ കിട്ടിയിട്ടില്ല കല്യാണം കഴിച്ചാൽ കിട്ടുന്നു ചോദിച്ചു ഉള്ളതൊക്കെ പോയി എന്നാ പറയുന്നത് കുട്ടികളായാൽ അയ്യോ തൊന്തരവ് എന്ന് പറയാം നീ എപ്പോ കിട്ടും മരിച്ചാൽ കിട്ടുന്നാ തോന്നുന്നത് അപ്പൊ ഇപ്പൊ എന്തൊക്കെ വ്യാപാരങ്ങൾ ചെയ്തു അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇതാണ് അന്വേഷിക്കുന്നത് ഏതായാലും നമുക്ക് ശ്ലോകത്തിൽ വരാം ഇങ്ങനെ ഒരു ചോദ്യം ചോദ്യം അവിടെ ഇരുന്നോട്ടെ അതിന് പണിയുണ്ട് ഈ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം അത് തന്നെയാണ് സർവം ഈശാവാസ്യം പക്ഷേ നമുക്ക് അതൊരു ഉറപ്പായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയും ഇവിടെ ഈശ്വരൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോന്നു പക്ഷേ നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നത് ഈശ്വരൻ എന്ന ഭാവേനയാണോ അല്ല അതായി കുഴപ്പം രാമശ്വദേവൻ ഇതിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇതം സർവം ഈശാവാസ്യം എന്നുള്ളതിന് മോനെ ഒരു സംശയവും വേണ്ട ീശ്വരൻ എല്ലാവരിലും ഉണ്ട് പക്ഷെ എല്ലാവരും ഈശ്വരനിൽ ഇല്ല അതായി കുഴപ്പം അപ്പൊ ഈ കാണുന്ന സമയത്ത് എന്താണ് നമ്മിൽ സംഭവിക്കുന്നത് ഇത് ഗംഭീരായിട്ടുള്ള ശ്ലോകാണ് എങ്ങനെയാണ് നാശം നാശത്തിലാണ് എത്തുന്നത് എങ്ങനെയാണ് നാശം രണ്ടു പ്രകാരത്തിലുള്ള നാശമുണ്ട് ആദ്യത്തെ നാശം പറയാം മനസ്സിലാക്കാം ഉം പുംസഹ വിഷയാൻ ധ്യായതഹ ഓരോരുത്തരും വിഷയങ്ങളെ ധ്യാനിക്കുന്നു എന്തുണ്ടാവും തേശു തേശു എന്ന് പറഞ്ഞാൽ ഒരു ഷു അല്ല അതിൽ തേഷു അവയിൽ ഏതിൽ ആ വിഷയങ്ങളിൽ സംഘ ഉപജായതെ സംഘം എന്ന് പറഞ്ഞാൽ ഒരു അഭിരുചി എന്ന് പറയാം അതിലൊരു പ്രത്യേക താത്പര്യം ജനിക്കുന്നു അതിനെ നിരന്തരം കാണുന്ന സമയത്ത് അതൊന്ന് വേണം അവിടെ ഒന്ന് പോകണം അതൊന്ന് കാണണം എന്നുള്ള അഭിരുചി ഉണ്ടാവുന്നു സംഘാത് ആ സംഘത്തിൽ നിന്നോ കാമഹ സംജായതേ പിന്നെ എന്തുണ്ടാവുന്നു ആഗ്രഹം തൃഷ്ണ ഉണ്ടാവുന്നു ഇത് വളരെ എന്താ സൂക്ഷ്മമാണ് കാര്യങ്ങൾ പെട്ടെന്നൊരു സാധനം എനിക്ക് വേണം എന്ന് പറയുകയാണോ അല്ല അപ്പൊ ഇവിടെ ഗീത പറയുന്നത് ശരിക്കും ഒരാക്സിഡൻറ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായി സംഭവിക്കുന്നത് എല്ലാം ധ്യാനിച്ചുറപ്പിച്ചിട്ടാണ് സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തുപോയി അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ ഞാനിങ്ങനെ ചെയ്യും എന്ന് ഞാൻ തീരുമാനം പലപ്പോഴായിട്ടെടുത്തിട്ടുണ്ട് എനിക്കറ്റം കിട്ടണ ചാൻസ് ഞാൻ മുതലാക്കും എന്ന് ഞാൻ പലവട്ടം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത് അങ്ങനെയാ അങ്ങനെയല്ലേ കരണ്ട് പോകുമ്പോ പെട്ടെന്ന് മാല കാണാത്തത് കരണ്ടൊന്ന് പോട്ടെ അപ്പ ഞാൻ അടിക്കും എന്ന് അല്ലാതെ പെട്ടെന്ന് കരണ്ട് പോയതുകൊണ്ട് എനിക്ക് തോന്നി എന്നാ ഒരു മാല പൊട്ടിച്ചളയാമെന്ന് അങ്ങനെയല്ല പോലീസ് സ്റ്റേഷനിൽ പോകും പോലീസ് കള്ളനെ ഇടിക്കുന്ന സമയത്ത് കള്ളന അങ്ങനെ പറയും പോലീസ് ചോദിച്ചു ഒരിക്ക ഒരു കള്ളനോട് നീ എടോ നീ പിന്നെ പണം മോഷ്ടിച്ചു ശരി സ്വർണവും മോഷ്ടിച്ചു പക്ഷെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണവും കഴിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രം എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കയ്യാണ് അപ്പൊ ഈ കള്ളൻ പറയാണ് സാറിന് അറിയില്ലേ സ്വർണത്തിൽ നിന്നും പണത്തിൽ നിന്നും മാത്രമല്ല സുഖം ഉണ്ടാവുന്നതെന്ന് കള്ളൻ വലിയ ഗീത പഠിച്ച ആളാണ് കാരണം വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ സുഖം ഇരിക്കണോ കാരണം ഈ കാശിൻ്റെ ആവശ്യം തന്നെ എന്തിനാണ് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം ഒന്നും പെട്ടെന്നുണ്ടാവുന്നതല്ല പിന്നെയോ ഈ ഈ ധ്യാ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ജയിലുകളല്ല ശരീരത്തെ പീഡിപ്പിക്കുന്ന കേന്ദ്രങ്ങളല്ല വേണ്ടത് പിന്നെയോ ഈ ശാസ്ത്രം ഈ കൗൺസിലിംഗ് സെൻ്റർ ഒരു ആൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവനെ നാല് ഇടിയിടിച്ചിട്ട് പറയിപ്പിക്കുന്ന ഒരു രീതി അങ്ങനെയുണ്ടെന്നാ ഇവിടുത്തെ ഈ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ് പോലീസിനൊരു ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ പല സംസ്ഥാനം തമാശയാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ വിളിച്ചു അപ്പൊ കേരളത്തിൽ നിന്ന് കോൺസ്റ്റബിൾ വേലുപിള്ള പോയി പേരുമായിട്ട് ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരായിട്ടോ മരിച്ചവരായിട്ടോ ഒരു ബന്ധമില്ല അതെ അദ്ദേഹം പോയി അങ്ങനെ പുതിയ ട്രെയിനിങ്ങാണ് ഈ ടെററിസം അത് ഇത് പുലികളെ പിടിക്കണം ഭീകരന്മാരെ പിടിക്കണം പുലികളെ അപ്പോൾ ശരിക്കും പുലികളെ പിടിക്കുന്ന ഒരു ട്രെയിനിങ്ങനെ ഒരു വണ്ടിയുണ്ട് ഒരു വലിയ ഈ നെറ്റൊക്കെ ഇട്ടിട്ടുള്ള വണ്ടി അത് എടുത്ത് കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട് പുലിയെ പിടിച്ച് പുലിക്ക് പരിക്കേൽക്കാൻ പാടില്ല ഒരു പുലിക്ക് ഒരു പോറൽ ഏൽക്കാതെ പുലിയെ കൊണ്ടുവരണം ഇതാണ് ഒരു അതിൻ്റെ അവസാനത്തെ ഒരു ട്രെയിനിങ് അതാണ് അപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞു വേലുപ്പിള്ള പോയി പുലിയെ കിട്ടിയില്ല പക്ഷെ മുമ്പേക്ക് എന്തോ കിട്ടി മൂപ്പര് അതിനെയായിട്ട് കൊണ്ടുവന്നു അപ്പൊ ആളുകൾ പറഞ്ഞു ഏയ് ഇത് കഴുതിയല്ലേ എന്ന് വേലുപ്പിള്ള പറയാ അവനോട് ചോദിക്കൂ അവൻ പറയും പുലിയാണെന്ന് പറയട ആരാണ് രണ്ട് ഇടിയാണ് അപ്പൊ അവൻ പറഞ്ഞു പുലിയാണെന്ന് കാരണം ഇടിച്ച അവനെ പുലിയാക്കി അങ്ങനെ തമാശയുണ്ട് അപ്പൊ ഇടികൊടുക്കുന്ന കേന്ദ്രങ്ങളല്ല നമുക്ക് വേണ്ടത് പിന്നെയോ ഈ ഇതിനെ അങ്ങോട്ട് നുള്ളിയെടുക്കുന്ന ഒരു പ്രക്രിയ എന്തുകൊണ്ട് നാം ഇത് ചെയ്യുന്നു അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അപ്പൊ ആദ്യം ധ്യാനം ധ്യാന ഇത് വിസ്തരിക്കാനുള്ളതാണ് ശ്ലോകം അതിൽ സംഘം ഉണ്ടാവുന്നു സംഘത്തിൽ നിന്ന് കാമം ഉണ്ടാവുന്നു കാമാ ക്രോധ അഭിജായത കാമത്തിൽ നിന്ന് ക്രോധം അതെങ്ങനെയാ കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ആഗ്രഹം ഉണ്ടാകുമ്പോ ഇയാൾക്കത് കിട്ടാതെയാവും അപ്പൊ തന്റെ ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ വരുമ്പം തന്നിൽ ക്രോധം ഉണ്ടാകുന്നു താനൊരു വസ്തുവിനെ സ്വന്തമാക്കാൻ പോകുമ്പം അതിന് വേറെ ആളെ എടുത്തു പോകുമ്പം തനിക്ക് തോന്നുന്ന പിന്നെ തന്നിലുണ്ടാകുന്ന വികാരമാണ് ക്രോധം എന്നാൽ ശരി ക്രോധം സംഭവിച്ചാലോ നാളെ പറയാം എന്ത് സംഭവിക്കുന്നു പല ചോദ്യങ്ങളും സ്വാമിക്ക് കിട്ടുന്നുണ്ട് ചോ വായിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രം വായിക്കും അല്ലാത്തത് എന്താന്ന് പറഞ്ഞാൽ പ്രഭാഷണത്തിൽ അതിനുത്തരം തന്നുകൊണ്ടിരിക്കും ഒരു കാര്യം പറയട്ടെ ക്ലാസ്സിൽ പതിവായിട്ട് വരുന്നവർ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി സ്വാമിയോട് ഒരു ദിവസവും രണ്ടു ദിവസവും വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അവര് എന്തൊക്കെയാ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ എന്ന് സ്വാമിക്ക് അറിയില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഇന്ന് ഇന്നലെ മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക ഇന്നലെ മാത്രം വന്നു അപ്പൊ ഇന്നലെ കേട്ടപ്പോ തോന്നി എന്നൊന്ന് ചോദിക്കാം കാരണം ഇത്ര ദിവസം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏ അപ്പം സ്ഥിരമായിട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കുക ഗീത നിങ്ങൾക്ക് മറ്റ് പല പരിപാടികളും ഉണ്ടാവും പല പരിപാടികൾ ഈ സത്സംഗം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇത് ഏറ്റവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അസുലഭമായിട്ടുള്ളൊരു സൗകര്യമാണ് നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് ഗീത പഠിക്കണമെങ്കിൽ ഒരു രണ്ടര മൂന്ന് വർഷം ആശ്രമത്തിൽ നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടണം അതും ഇനി ഈ അതിനൊക്കെ ഒരു പ്രായവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയാലേ അവിടെയൊക്കെ എടുക്കുള്ളൂ ആശ്രമത്തിൽ ഇപ്പൊ ഇതൊരു നല്ലൊരു സൗകര്യം വന്നിരിക്കുക അപ്പൊ ഈ സൗകര്യത്തെ നമ്മൾ ചിമ്മയാനന്ദ സ്വാമികൾ പറയും സാഹചര്യങ്ങളെ അനുകൂലമായി ഉപയോഗിക്കുന്നവനാണ് ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതൻ എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ സാഹചര്യങ്ങൾ ആരാണോ അനുകൂലമാക്കി ഉപയോഗിക്കുന്നത് ഏ അങ്ങനെ അനുകൂലമായി ആര് സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നു അവൻ ഈശ്വരാനുഗ്രഹത്തിന് പാത്രിഭൂതനാണ് ഈശ്വരാനുഗ്രഹം ഒരിക്കലും വിളിക്കില്ല ഈശ്വരം വന്ന് കഥകമുട്ടിയിട്ട് എടോ ഇതാ പിടിച്ചോ എന്ന് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കിട്ടിയ സാഹചര്യത്തെ നിങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടിയിട്ട് ഉൾക്കൊള്ളുക എന്തായാലും സ്വാമി തിരുവനന്തപുരത്താണ് ഇത് ആദ്യം നടത്തിയത് തിരുവനന്തപുരത്തേക്കാൾ എന്തുകൊണ്ടും ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നു അപ്പൊ കത്തുകൾ സ്വാമി വായിക്കും അതിൻ്റേതായിട്ടുള്ള ആ സമയത്ത് കത്ത് വായിക്കുകയല്ലാതെ തന്നെ ഉത്തരങ്ങൾ തരും ഒരു കത്ത് ഇവിടെ വായിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു സ്വാമിയുടെ ഇതുവരെയുള്ള പ്രഭാഷണം കേട്ടിട്ട് അപ്പൊ ഇതുവരെ കേട്ടിട്ടുള്ള ആളാണ് കേട്ടിട്ട് ഈ ആത്മാവ് പരബ്രഹ്മം ഇതിനെക്കുറിച്ചൊക്കെ കേട്ടതിന് ശേഷം വിഗ്രഹാരാധന ക്ഷേത്ര ദർശനം ഇതിൻ്റെ ആവശ്യകത ഒരാശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഗീത ഉള്ളിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണിത് ആർക്കൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് ഒരാശയക്കുഴപ്പമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ഇളക്കി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളതെല്ലാം വ്യർത്ഥമായോ എന്നൊരു തോന്നലുണ്ടാവും ഗീത ഇനിയും മുൻപിലേക്ക് കാര്യങ്ങൾ വിസ്തരിച്ച് പറയാൻ പോകുന്നുണ്ട് ക്ഷേ അർജുനൻ ഭഗവാനോട് ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം വരെ കാത്തിരിക്കണം പന്ത്രണ്ടാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നത് തന്നെ ഈ പ്രശ്നമാണ് അതുവരെ കാത്തിരിക്കാൻ നിങ്ങൾ കാത്തിരുന്നേ മതിയാവും അതുകൊണ്ട് ഈ ഈ വക ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം സ്വാമി തരുന്നതായിരിക്കും ഗീതയുടെ വെളിച്ചത്തേക്ക് ഇപ്പൊ സ്വാമി നിങ്ങൾ ഇപ്പൊ തീരുമാനിച്ചു കളയരുത് സ്വാമി അപ്പം വിഗ്രഹത്തിനൊക്കെ എതിരാണെന്നാ തോന്നുന്നത് ഏർ സ്വാമി ഒരു കമ്മ്യൂണിസ്റ്റാണെന്നാ തോന്നണത് ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും വിധി എഴുതണ്ട ഇതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടേതായിട്ടുള്ള ഭാഷയില് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം കാരണം മൂലശ്ലോകങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ സാരത്തെ ഗ്രഹിക്കാൻ നാം സാരഗ്രാഹിയായിരിക്കണം എന്ന് പറയാം വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യം അതിന്റെ സാരത്തെ ഗ്രഹിക്കണം നമുക്ക് നോക്കാൻ പറ്റും നമുക്ക് നോക്കാം സ്വാമി എന്തെങ്കിലും പറയല്ല ഭഗവാൻ തന്നെ വളരെ ഈ പറഞ്ഞ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ട് വിഗ്രഹം വിഗ്രഹാരാധന പിന്നെ ആത്മാവ് ജീവൻ കർമ്മം കർമ്മബലം ഇവിടെ കർമ്മഫലത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം വരാൻ പോകുന്ന അധ്യായം അതിനെക്കുറിച്ചാണ് കർമ്മത്തിനെ കുറിച്ച് ഒന്ന് തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ അടുത്ത അധ്യായം കർമ്മയോഗത്തിൽ അതിനെക്കുറിച്ച് വരുന്നു സന്യാസത്തെക്കുറിച്ച് വീണ്ടുമുണ്ട് ജ്ഞാനകർമ്മ സന്യാസം അതിന്റെ സമന്വയം ഗീതയിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ നമ്മളിങ്ങോട്ട് ഏഹ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ എത്തട്ടെ അതുവരെയൊക്കെ എത്തുമ്പോഴേക്കും കുറെ സംശയങ്ങൾ കൊഴിഞ്ഞു പോവും അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക കഴിയുന്നതും ക്ലാസ് മുടങ്ങാതിരിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ മുപ്പട്ട് ശനിയാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഓടാൻ നിൽക്കരുത് ചിലർക്ക് അങ്ങനെയാണ് അയ്യോ സ്വാമി അവിടെ ഉണ്ടല്ലോ അത് ഞാൻ പതിന് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തുടങ്ങിവെച്ചതാണ് ഇത് ഈ വർഷം മുടക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അവിടെ ചെണ്ടയിടുന്ന അവിടെ ഓടി അപ്പോൾ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ തയ്യാറാവണം ആ ഓടുന്ന മനസ്സിനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും ഇത് കേൾക്കാൻ ഏതായാലും ഗീത മുഴുവൻ ഞാൻ കേൾക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഭഗവാന്റെ വാക്കുകളാണ് നിങ്ങൾക്ക് ഭഗവാൻ വിശ്വാസമുണ്ടോ ഈ പറയുന്ന ഭക്തന്മാരോട് നമ്മുടെ ചോദ്യം ഈ ഭഗവാൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണനിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ശ്രദ്ധയുണ്ടെങ്കിൽ അദ്ദേഹം ആ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരി ഭഗവാൻ പറയണോ അർജുന വിഷയങ്ങള് വിഷയങ്ങളില് മനസ്സിനെ വലിച്ചുകൊണ്ടുപോയി ആ വിഷയങ്ങളെ അനുഭവിപ്പിക്ക അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഒരു മോഷ്ടാവിനെ പോലെയാണ് അത് അപഹരിക്കുന്നു എന്ന് പറയുക നാം പോലും അറിയാതെ നമ്മളെ അതിലേക്ക് വലിച്ചഴയ്ക്കുന്നു അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധ എന്താ പറയുക ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ പോലും ഇങ്ങനെ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതിനാൽ ഒരു സാധാരണക്കാരൻ വളരെ ശ്രദ്ധാപൂർവം ഈ അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞു ഭഗവാൻ എന്നിട്ട് എന്താ പറയുന്നത് തുടർന്ന് പറഞ്ഞു താനി സർവാണി സംയമ്യ യുക്ത മ യുക്ത മത്പര ആസീത സർവാണി എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എതിരായിട്ട് എന്നല്ല ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എതിരായിട്ട് എന്ന് അപ്പുറത്ത് പുതിയൊരു എന്താ പറയുക നിർവചനം നൽകൂ അപ്പുറത്തേക്ക് ഇന്ദ്രിയത്തിനപ്പുറത്ത് എതിരായിട്ട് എന്നല്ല എന്ന് പറയാ അങ്ങനെ മത്പരഹ ഞാൻ പരമമായി എന്നെ പരമമായി കണ്ടുകൊണ്ട് ഞാനാണതിലെ കേന്ദ്രം എന്ന് പറയാ ബോധം എന്നിട്ടോ ആസീത നിലകൊള്ളൂ ഇരിക്കൂ അങ്ങനെ യസ്യ തസ്യ യാതൊരുവന്റെ ഇന്ദ്രിയാണി വശേ വർത്തന്തേ യാതൊരുവന്റെ ഇന്ദ്രിയങ്ങളാണ് അവന് വശമായി വർത്തിക്കുന്നത് രഥകൽപ്പന രഥകൽപ്പന പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ആരുടെ ഇന്ദ്രിയങ്ങളാണ് സദശ്വ ഇവ സാരഥേ രഥകൽപ്പനയിലുണ്ടല്ലോ സദശ്വ നിയന്ത്രിതമാർന്ന കുതിരകളാകുന്ന കൈകൾ ആ രഥം ഓടുന്നുവെങ്കിലോ തദ്വിഷ്ണു പരമം പദം ദുഷ്ടാശ്വ ഇവ സാരേഹേ സംസാരം ചാതികച്ചതി അശ്വങ്ങൾ ദുഷ്ടങ്ങളായി തീർന്നാലോ സംസാരത്തിൽ പതിക്കുന്നു സദശ്വങ്ങളായി തീർന്നാൽ വിഷ്ണുപദത്തിലെത്തുന്നു അതിന് ഭഗവാൻ ഇവിടെ പറയുകയാണ് ഇന്ദ്രിയാണി വശയെ വർത്തതേ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അവന്റെ പ്രജ്ഞ ബുദ്ധി പ്രതിഷ്ഠിതമാണ് ഉറപ്പുറ്റതാണ് എന്ന് പറയാ തുടർന്നാണ് ഈ അറുപത്തിരണ്ടും അറുപത്തിമൂന്നും ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു വരുന്നത് ഒന്നുകൂടെ ചൊല്ലിയതിനു ശേഷം നമുക്കതിനെ വിസ്തരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം കോധാഭവതി സമോഹക സമ്മോത് സ്മൃതി വിഭ്രമൃതിഭ്രംശാ ബുദ്ധി നശിത് പ്രണശ്യ ധ്യയതോ വിഷയാൻ പുംസൂപജാ സങ്കാത് സഞ്ജയത കാമ കാ കോധോ ജാതെ ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമഹ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശയതി പറഞ്ഞു ഗാന്ധിജി ആഫ്രിക്കയിൽ വെച്ച് ആദ്യമായി ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെയാണ് ഈ ശ്ലോകത്തിൽ ഗാന്ധിജി വ്യക്തിയുടെ നാശവും സർവോപരി ലോകത്തിൻ്റെ നാശവും കാണും എങ്ങനെയാണ് ലോകം നശിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിന് ഉദ്ധാരണം ഉണ്ടാവുന്നത് ലോകം നശിക്കുന്നുവെങ്കിൽ ഗീത പറഞ്ഞതുപോലെ ലോകം ഉത്കർഷത്തെ പ്രാപിക്കുന്നുവെങ്കിൽ ഗീത പറഞ്ഞതുപോലെ തന്നെയാണ് നാശത്തിലും ഗീതയ്ക്ക് നിലനിൽപ്പുണ്ട് ലോകത്തിൻ്റെ ഉത്കർഷത്തിലും ഗീതയ്ക്ക് നിലനിൽപ്പുണ്ട് രണ്ട് പ്രകാരത്തിലും അത് നിലകൊള്ളുന്നു അതിനെ പാടെ നിരാകരിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയാം അപ്പം വിഷയാൻ ധ്യായതഹ പുംസഹ പുംസഹ കുമാൻ മനുഷ്യൻ വിഷയങ്ങളെ ധ്യാനിക്കുന്നു ഓരോന്നിനെ ധ്യാനിച്ചു കൂട്ടുന്നു ധ്യാനം എന്ന് പറഞ്ഞാല് മനസ്സിൽ തുടർച്ചയായ നിരന്തര വിചാരം അതാണ് ധ്യാനം ഇവിടെ എന്താണ് ധ്യാനിക്കുന്നത് വിഷയങ്ങളെയാണ് ധ്യാനിക്കുന്നത് ഇന്നലെ പറഞ്ഞു ധ്യാനിക്കാൻ രണ്ട് വസ്തു രണ്ട് വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഈശ്വരനും ഒന്ന് വിഷയവും നമ്മളതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തി പിന്നീട് കടന്നു പോവുക ചെയ്തത് നമ്മളതിലേക്ക് വരും നിങ്ങളത് മനസ്സിൽ വെച്ചോളൂ ഇവിടെ മുഴുവൻ ഈശ്വരനാണ് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയധ്യാനം ഇല്ലല്ലോ എന്നാ അങ്ങനെയാണെങ്കിൽ വിഷയധ്യാനം ഇല്ല കാരണം വിഷയത്തെ ധ്യാനിക്കുമ്പോൾ ഈശ്വരനല്ല എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ധ്യാനിക്കുന്നത് ഏതായാലും വിഷയങ്ങളെ ധ്യാനിക്കുന്ന ഒരുവന് അതിലെന്തുണ്ടാവുന്നു തേശു സംഘ ഉപജായതേ അതിനോടൊരു സംഘം ഉണ്ടാകുന്നു സംഘം എന്ന് പറഞ്ഞാൽ ഒരൊട്ടൽ താത്കാലികമായിട്ട് ഒരൊട്ടല് ഉണ്ടാവുന്നു അത് ഹേതുവായിട്ട് സംഘാത് കാമഹ സംജായതേ ആ സംഘത്തിൽ നിന്ന് കാമം അതിനെ കിട്ടിയേ തീരൂ എന്ന ആഗ്രഹം തൃഷ്ണ ഒന്നുകൂടെ രൂഢമൂലമാവുക എന്ന് പറയുക അത് ജനിക്കുന്നു അത് ജനിച്ചു കഴിഞ്ഞാലോ കാമാത് കാമത്തിൽ നിന്ന് ക്രോധ അഭിജായതെ ക്രോധം സംഭവിക്കുന്നു ആഗ്രഹത്തെ പൂർത്തീകരിക്കാതെ വരുന്ന സമയത്ത് പിന്നെ നമുക്കുണ്ടാവുന്ന വികാരമാണ് ക്രോധം ഇത് വീട്ടിലുണ്ടാവുന്നില്ലേ ഉണ്ട് കുട്ടികൾ മുതൽ തുടങ്ങിയാൽ മതി കുട്ടികളുടെ ജീവിതം അല്ലെങ്കിൽ കുട്ടികളുടെ ചില ചെയ്തികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ചിലതൊക്കെ കാണാം സ്കൂളിൽ നിന്ന് വേറെ ഏതെങ്കിലും കുട്ടിയുടെ അടുത്ത് നിന്നാ കാണുക അല്ലെങ്കിൽ ടി വിയിൽ കാണും അച്ച എനിക്കത് വേണം എന്ന് പറയും അമ്മ എനിക്കത് വേണമെന്ന് പറയും ഇതിങ്ങനെ കാണുന്ന സമയത്തൊക്കെ അവനൊരു വല്ലാത്തൊരു ഇഷ്ടമാണ് വേണം വേണം വേണം അപ്പൊ അവനതിൽ തീവ്രമായ ആഗ്രഹം ഉണ്ടാവുന്നു ഷാഠ്യം പിടിക്കുന്നു ഇല്ലേ അതിനുവേണ്ടി കരയുന്നു അവസാനം കൊടുക്കാതെയാവുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്താണ് ദേഷ്യം ും ഇത് കുട്ടി കാലം മുതൽ അങ്ങനെ തുടങ്ങുക വലുതായി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് രണ്ടു കൊടുത്ത കുട്ടികൾ അവിടെ ഇരിക്കും അവിടെ ഇരുത്താൻ പറ്റും പക്ഷെ അതൊന്നുമല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട പണികൾ വേറെ ഓരോ നോക്കിയാ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ചെയ്യണം അങ്ങനെ ഏതായാലും ക്രോധ അഭിജായത് ക്രോധം ജനിക്കുന്നു ക്രോധം ഉണ്ടാവട്ടെ ഇതാ പറയുന്നു ക്രോധാത് ക്രോധത്തിൽ നിന്ന് സമ്മോഹ വ്യാമോഹം സംഭവിക്കുന്നു എന്താണ് കാര്യകാര്യ വിവേകം നഷ്ടപ്പെടുന്നു സമ്മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മൂഹത്തിൽ നിന്നോ സമ്മോഹാത് സ്മൃതി വിഭ്രമഹ ഓർമ്മപശക് ഉണ്ടാവുന്നു സ്മൃതി വിഭ്രമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മപശക് എന്ന് പറഞ്ഞാൽ സ്മൃതി എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്നും പൂർവികന്മാരിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമൊക്കെ കേട്ട കാര്യങ്ങളും മറന്നുപോകും ഒന്നും കേട്ടിട്ടില്ലെങ്കിലോ കേട്ട കാര്യം മറന്നുപോയി കഴിഞ്ഞാൽ തന്നെ വലിയ കുഴപ്പം ഇനി കേട്ടിട്ടേ ഇല്ല എങ്കിൽ സ്മൃതിഭ്രംശം ഉണ്ടാവും എന്തൊക്കെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ ഒരുപാട് മൂല്യങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയവരോട് ബഹുമാനം വേണം ഒരാൾ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികളെ വിടുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഷാഢ്യത്തോടുകൂടി കുട്ടികൾ വേണമെങ്കിൽ ടീച്ചറുടെ കൈയൊക്കെ കടിക്കും അല്ലെങ്കിൽ സാരിയൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരിക്കലും ടീച്ചർ കുട്ടിയെ തിരിച്ച് ചെയ്യൊന്നുമില്ല അപ്പം അങ്ങനെ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ തന്നെ അമ്മ വീട്ടിൽ ഇരുത്തി പറഞ്ഞു കൊടുക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെറുപ്പം മുതലേ വലുതെ കുറേ കുറേ ശിക്ഷണങ്ങളൊക്കെ എന്താ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ മൂല്യ ബോധം അവനിലുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എല്ലാവരും അവനെ പല പ്രകാരത്തിൽ ഉപദേശിച്ചിട്ടുണ്ട് അവനെ അല്ലെങ്കിൽ അവളെ ഈതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയും ഒന്നും ഓർമ്മ വരില്ല സ്മൃതി പദത്തിൽ എന്ന് പറഞ്ഞാൽ ഇതാ നൂറ്റിയെട്ട് ദിവസവും ഗീത കേട്ട് അതൊന്നും വരില്ല ഇപ്പൊ ഇരുപത്തിനാല് ദിവസം കേട്ടതൊന്നും വരില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ സ്മൃതി വിഭ്രമം സ്മൃതി കേട്ടതെല്ലാം മറന്നു പോവും കേട്ടതൊക്കെ മറന്നു കഴിഞ്ഞാലോ ബുദ്ധിനാശ ബുദ്ധി നശിച്ചു പോവും ബുദ്ധി പിന്നെ അവിടെ ഇല്ല നിശ്ചയാത്മികയായിട്ടുള്ള ബുദ്ധി ഇല്ല ഈ പിറകിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് ഓരോരുത്തർ കയ്യൊഴിഞ്ഞു പോവുക ഭഗവാൻ അതിൽ കാണില്ല ബുദ്ധിസ്ഥാനീയനായിട്ട് ഉള്ളയാൾ അവിടെ ഉണ്ടാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലോ ബുദ്ധിനാശാത് പ്രണശ്യതും അതോടുകൂടി നശിക്കുന്നു എല്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ തൻ്റെ ചെയ്തികൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ ഇത് ക്രമത്തില് ക്രമത്തിൽ സംഭവിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെയാണ് പക്ഷെ ഇതിനെ ആഴത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഇതിന് പിറകിലേക്ക് ഒരു പ്രവർത്തനങ്ങളുണ്ട് അതിതൊക്കെയാണ് അപ്പൊ ഒരുവൻ എന്തെങ്കിലുമൊക്കെ അരുദായികകൾ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ധ്യാനത്തിൻ്റെ കുഴപ്പമാണ് ഗീത പറയുന്നത് അതാണ് അപ്പൊ എല്ലാ അക്രമങ്ങളും എല്ലാ കൊലപാതകങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന തോന്നിവാസം എന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നാണെങ്കിൽ ധ്യാനത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ വെറുതെ ഇരിക്കും അങ്ങനെ ധ്യാനിക്കുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ ഞാൻ ഇന്ന ഇന്ന പോലെയൊക്കെ ഞാൻ പ്രതികരിക്കും ആ സമയത്ത് ആരെങ്കിലുമൊക്കെ എതിർത്തു കഴിഞ്ഞാലോ അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് ഇതൊക്കെയല്ലേ നടക്കുന്നത് നാട്ടിൽ അല്ലേ ഇപ്പൊ ഒരു കള്ളൻ വീട്ടിൽ കയറി ആ കള്ളൻ കള്ളൻ എന്തിനാ വീട്ടിൽ കയറിയത് വീട്ടിലെന്തിനാ കയറിയത് കള്ളൻ കടക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കള്ളന്മാരുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കള്ളനെക്കുറിച്ച് കേട്ടത് അദ്ദേഹം വീട്ടിൽ വന്ന് ഭക്ഷണം മാത്രമേ എടുക്കുള്ളൂ അത്ര ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം പാചകം ചെയ്ത് കഴിച്ചു പോകുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതിനെ കള്ളൻ എന്നൊന്നും പറയാൻ പറ്റില്ല അയ്യപ്പ മണിക്കരുടെ കവിതയിൽ പറഞ്ഞതുപോലെ വെറുമൊരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ല എന്ന് കള്ളൻ പറയാൻ പറ്റില്ല എന്തിനാണ് അപ്പോ കോഴിയെ മോഷ്ടിച്ചത് പൊരിച്ച് തിന്നാനായി അപ്പൊ വസ്ത്രം മോഷ്ടിച്ചത് നാണം മറയ്ക്കാനായിരുന്നല്ലോ എല്ലാറ്റിനും അദ്ദേഹത്തിന് ഒരു ന്യായീകരണമുണ്ടെന്ന് പറഞ്ഞു കള്ളൻ നമ്മുടെ വീട്ടിൽ കയറി അദ്ദേഹം സങ്കല്പിച്ചത് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എതിര് നിന്നാ എന്താ സംഭവിക്ക ഈ പറഞ്ഞതൊക്കെ കിട്ടും തലവണ്ടയ്ക്ക് അടി കിട്ടും അതിപ്പോ നമ്മുടെ മകൻ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കട്ട് കൊണ്ടുപോകുന്നതെങ്കിലോ അവല്ലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ബുദ്ധിനാശവും എല്ലാം വന്ന് നമ്മളെയൊക്കെ അടിച്ച് തലയ്ക്ക് അടിച്ച് ശരിയാക്കിയിട്ട് അകം പോവും അതിപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നും ഭർത്താവിന് ഭാര്യയ്ക്ക് തോന്നും ചില സമയത്ത് അവർക്ക് ഈ ചപ്പാത്തിക്കോലാണെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതൊന്നും അങ്ങോട്ട് കൊടുക്കും അത് കിട്ടുന്നത് ആ മെടുല ബ്ലാംഘട്ടൊക്കെ ആയിരിക്കും അതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ പലവട്ടം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എന്നെങ്കിലും എന്റെ കൈ കൊണ്ട് കിട്ടും എന്റെ കൈ കൊണ്ടായിരിക്കും ഇയാളുടെ മരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇയാളെയും കൊല്ലും ഞാൻ ജയിലിലും പോവും ഇങ്ങനെ ഒരുപാട് സ്വാമി പറയുന്ന നിസ്സാര തമാശയല്ല ഇങ്ങനെ ഒരുപാട് തവണ ജാഗ്രത അവസ്ഥയിൽ ഞാൻ ധ്യാനിച്ചുറപ്പിച്ചതാണ് ഞാൻ ഒരു വേള ഇയാളെങ്ങനെ കൈകാര്യം ചെയ്യും എന്നിട്ട് ഞാൻ ജയിലിൽ പോവും എന്ന് അതല്ലേ അല്ലാതെ പെട്ടെന്നല്ല സംഭവിക്കുന്നത് പെട്ടെന്നല്ല ഗീത പറയുന്നത് ഒരു അക്രമവും ഒരു പാവ ഇങ്ങനെ എന്താ പറയുക നിന്ദ്യമായ കർമ്മങ്ങളൊന്നും തന്നെ പെട്ടെന്നല്ല വളരെ വളരെ ധ്യാനിച്ചുറപ്പിച്ച് ആ ധ്യാനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതാണ് അല്ലാതെ അവിചാരിതമായി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയായിപ്പോയി ഒരു സാഹചര്യവും ഒരാളെയും ഒന്നും ആക്കുന്നില്ല എന്ന ധ്യാനം ധ്യാനമാണ് ഒരുവനെ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പൊ ഒരുവൻ നശിക്കുന്നത് എങ്ങനെയാണ് ധ്യാനം കൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് ഇന്ന് മാത്രം വന്ന് നാളെ വരാതെ എന്ത് ധ്യാനം വിഷയധ്യാനം അപ്പം ഇങ്ങനെ പലതും നമ്മൾ ധ്യാനിച്ചു കൂട്ടുന്നു അപ്പൊ നോക്കൂ സ്വാമി വളരെ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല നമ്മുടെ വിചാരങ്ങളാണ് വാക്കുകൾ അല്ലേ വാക്കുകളാണ് പ്രവൃത്തി പ്രവൃത്തിയാണ് നമ്മുടെ പെരുമാറ്റം അപ്പൊ ഒരുവൻ്റെ പെരുമാറ്റം ആ പെരുമാറ്റമാണല്ലോ സംസ്കാരം അവൻ്റെ ഒരു സംസ്കാരത്തെ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെടുന്നത് വിചാരങ്ങളിലാണ് ധ്യാനത്തിലാണ് അതുകൊണ്ടാണ് തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഭാരതീയ ദർശനം ഈ സംഹിത രൂപപ്പെട്ടത് എന്ന് പറയുന്നത് തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ അതായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നത് ധ്യാന വിഷയം അതായിരുന്നു ഈ ധ്യാനം രണ്ടു പ്രകാരത്തിലുള്ള ധ്യാനത്തെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ധ്യാനം ആസ്വരികമായിട്ടുള്ള ധ്യാനം അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ഹിരണ്യായ നമഹ ഒരു ധ്യാനം നാരായണായ നമഹ ഒരു ധ്യാനം ഹിരണ്യത്തിന് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് സ്വർണ്ണത്തിന് നമസ്കാരം ഒന്ന് ഭഗവാന് നമസ്കാരം ഒന്ന് ത്യാഗത്തിനാണെങ്കിൽ ഒന്ന് ഭോഗത്തിന് ഇന്ന് അത്ഭുതം തോന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പേര് തന്നെ അങ്ങനെയാണ് വിദ്യാഭ്യാസം വേദ്യം യയാ വിദ്യതേ സാ വിദ്യ എന്നാണ് അറിയേണ്ടതിനെ അറിയിപ്പിക്കുന്നതാണ് വിദ്യ വിദ്യ കൊണ്ട് ഒരുവനിൽ സംഭവിക്കുന്നത് വിനയമാണ് തൊഴിലല്ല വിദ്യ ഒരുവനെ വിനയാന്വിതനാക്കുന്നു വിനയമുള്ളവനാക്കി തീർക്കുന്നു നമ്മുടെ വിചാരങ്ങളാണ് വാക്കുകൾ അല്ലേ വാക്കുകളാണ് പ്രവൃത്തി പ്രവൃത്തിയാണ് നമ്മുടെ പെരുമാറ്റം ഒരുവൻ്റെ പെരുമാറ്റം ആ പെരുമാറ്റമാണല്ലോ സംസ്കാരം അവൻ്റെ ഒരു സംസ്കാരത്തെ തന്നെ ഉണ്ടാക്കുന്നു അപ്പൊ ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെടുന്നത് വിചാരങ്ങളിലാണ്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 ഒരു ധ്യാനം ആസ്വരികമായിട്ടുള്ള ധ്യാനം അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ഹിരണ്യായ നമഹ ഒരു ധ്യാനം നാരായണായ നമഹ ഒരു ധ്യാനം ഹിരണ്യത്തിന് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് സ്വർണത്തിന് നമസ്കാരം ഒന്ന് ഭഗവാന് നമസ്കാരം ഒന്ന് ത്യാഗത്തിനാണെങ്കിൽ ഒന്ന് ഭോഗത്തിന് ഇന്ന് അത്ഭുതം തോന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പേര് തന്നെ അങ്ങനെയാണ് വിദ്യാഭ്യാസം വേദ്യം ഏ ആ വിദ്യതേ സാ വിദ്യ എന്നാണ് അറിയേണ്ടതിനെ അറിയിപ്പിക്കുന്നതാണ് വിദ്യ വിദ്യ കൊണ്ട് ഒരുവനിൽ സംഭവിക്കുന്നത് വിനയമാണ് തൊഴിലല്ല വിദ്യ ഒരുവനെ വിനയാന്വിതനാക്കുന്നു വിനയമുള്ളവനാക്കി തീർക്കുന്നു ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് അതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് അതിനെക്കുറിച്ച് സ്വാമി ഇപ്പം പുതിയ വിദ്യാഭ്യാസം പാടെ മോശമാണ് എന്നൊന്നും പറയുന്നില്ല എത്രയോ വിനയാന്വിതരായിട്ടുള്ള സമ്പന്നന്മാരായിട്ടുള്ള കുട്ടികൾ പുറത്തു വരുന്നു പഠിച്ചു വരുന്നു ഈ ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ട് തന്നെ നമുക്ക് പാടെ നിഷേധിക്കാൻ പറ്റില്ല എന്നാലും കേവലം തൊഴിലിനു വേണ്ടി മാത്രം വിദ്യയെ കാണുന്ന സമയത്ത് അപ്പം നമ്മൾ ധ്യാനിക്കുന്നതേ അങ്ങനെയാണ് ഞാൻ ഡോക്ടറാകുന്നത് എന്തിനാണ് ഞാൻ ഈ സിറ്റിയിൽ ഒരു വീട് വയ്ക്കും അപ്പോൾ എനിക്ക് കുറേ രോഗികളെവിടെ സൃഷ്ടിക്കണം എൻ്റെ എന്നെ കാണാൻ അവരിങ്ങനെ വരണം അപ്പൊ രോഗാതുരമായ ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്നു ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിരോധമൊന്നുമില്ലല്ലോ ഡോക്ടറെ അത് നമുക്കങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല തന്നെ എങ്ങനെ നന്നായി പോന്നോ എന്ന് ഒരു ഡോക്ടറോട് വേറൊരാൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് പേഷ്യൻസ് ഒക്കെ ഇല്ല എന്നാണ് അല്ലേ വക്കീലിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാ എന്ത് ഒരു കേസും ഇല്ല ആളുകളൊക്കെ വളരെ ഡീസെന്റാണ് ഇപ്പം അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വേണം അപ്പൊ ധ്യാനം ഓർക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ധ്യാനിക്കുന്നത് നമുക്ക് എന്താണ് ലോകത്തിൽ കിട്ടുന്നത് നമ്മളിങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ എല്ലാറ്റിനും ഈ നാട് നേരെയാവില്ല ഈ നാട്ടില് എല്ലാ ദിവസവും രാവിലെ പത്രം എടുത്തു കഴിഞ്ഞ ഓ എല്ലാവരും ഫ്രണ്ട് എന്താ പറയാ പത്രത്തിനെ കുറിച്ച് പറയും പത്രത്തില് ഇത് മാത്രേ അല്ലേ പത്രത്തില് എഡിറ്റോറിയലിൽ ഭാഗവതത്തെക്കുറിച്ചുണ്ട് രാമായണത്തെക്കുറിച്ചുണ്ട് എഡിറ്റോറിയലൊന്നും ആരും വായിക്കാറുതന്നെ ഇല്ല ശരിക്കും ഒരു ഇന്നത്തെ പരിപാടി നോക്കിയിട്ടാ നമ്മളിത് ഈ മാർഗത്തിൽ വന്നു ചേർ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടിക്ക് ഇത്രയും സാധിക്കുമെങ്കിൽ നമുക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം മാതൃഭൂമിയിൽ ഇന്നത്തെ പരിപാടി നോക്കി ഇന്ന് എന്തൊക്കെയാ പരിപാടി സിറ്റിയിൽ അങ്ങനെയുണ്ട് തെക്കൻ ചിറ്റൂരിൽ ചിന്മയാ മിഷന്റെ ഒരു ആധ്യാത്മിക ക്ലാസ് അപ്പം അവിടെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് കുറച്ചൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വഴി കാണിക്കാൻ അത് ധാരാളമാണ് നമുക്ക് വേണ്ട ഇനിയിപ്പം നിങ്ങളൊക്കെ പത്രം നിർത്തും ഈ അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞത്തിൻ്റെതാണ് നിങ്ങൾ നിർത്തിട്ടുണ്ടാവില്ല ചിലപ്പം മറ്റുള്ളവർ പത്രം മുഴുവൻ നിർത്തും ഇതാണ് തലക്കെട്ടെങ്കിൽ ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷുപജായതെ ഏറ്റവും വലിയ ഹെഡ്ലൈന് ആരാ പറഞ്ഞത് ഭഗവാൻ ഗീതം എന്നിട്ട് സന്ദീപ് ജയി തന്നെ എങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ കുറയും ഒരു ലക്ഷം സർക്കുലേഷൻ എല്ലാവരും വിളിച്ചു പറയും നിർത്തിക്കോളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വലിയ ഒരു ആക്സിഡന്റ് വലിയ എന്തെങ്കിലും ഒരു സംഭവം ഒരു രാഷ്ട്രീയ നേതാവിനെ ഏതെങ്കിലും പ്രകാരത്തിൽ കൊല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ആളുകൾ രാവിലെ ഇറങ്ങും എന്തിനാണെന്നറിയോ രാവിലെയല്ല രാത്രി തന്നെ ഇറങ്ങും നമ്മുടെ പത്രങ്ങളൊക്കെ മിക്കവാറും രാത്രി ഇറങ്ങുന്ന പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ബസ് സ്റ്റാൻഡിലൊക്കെ അത് കിട്ടും നല്ല തിരക്കായിരിക്കും പത്രങ്ങൾ പോലും ഇങ്ങനെയുള്ള വിശേഷത്തിന് ഒരു കുറെ കോപ്പി അതി കാട്ടിക്കും അവർക്കറിയാം ഗുരുവായൂർ ഏകാദശി എന്നാൽ കുറെ പത്രം ഇല്ല അന്ന് പത്രം കുറവായിരിക്കും പോവാ വലിയൊരു ആധ്യാത്മിക സമ്മേളനം അതിലെ ആധ്യാത്മിക ആചാര്യന്മാർ പറഞ്ഞത് നമുക്കെന്താണ് വേണ്ടത് നാം എന്താണ് ധ്യാനിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാ അപ്പൊ ധ്യാനം എന്താണ് നാം ദിവസവും ധ്യാനിക്കുന്നത് എന്തിനെയാണ് നാം ധ്യാനിക്കുന്നത് രാവിലെ എഴുന്നേറ്റ നമ്മുടെ ധ്യാനം എന്താ ഇതങ്ങനെ ഇരുന്ന് ചെയ്യുന്നു എന്നല്ലേ അങ്ങനെ കരുതിയിക്കരുത് ധ്യായ വിഷയാൻ പുംസഹ ധ്യായതഹ വിഷയാൻ പുംസഹ എന്ന് പറയുമ്പം നമ്മുടെ നിരന്തരം നമ്മുടെ മനോബുദ്ധി വ്യാപരിക്കുന്ന മേഖല ഏതാണ് പലതും വേണം വേണം വേണം വേണം എന്നുള്ളതല്ലേ റിയണം നമ്മെ സംബന്ധിച്ച് ഇന്ന് എടുക്കുന്നതും കൊടുക്കുന്നതും നഷ്ടത്തിൻ്റെ കണക്ക് നാം ധനത്തെ വെച്ചിട്ടാണ് നിർണയിച്ചിരിക്കുന്നത് സ്വാമി പറഞ്ഞ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം ധനം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ എനിക്ക് ക്രോധം വന്നു ശരി എന്നാൽ ഒരു രൂപ ഗുരുവായൂരിലേക്ക് നിങ്ങൾ ഏതിലാണോ വിശ്വസിക്കുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണത് എന്നാൽ വേളാങ്കണ്ണി പള്ളിയിലേക്ക് നൂറ് രൂപ ഇങ്ങനെ ഓരോ പ്രാവശ്യം ക്രോധം വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നഷ്ടക്കച്ചവടാണെന്ന് നിങ്ങൾ പരിപാടി കുറേ സ്വാമി പറയുന്നത് നിങ്ങൾ ജാഗ്രതയുള്ളവരാവും അല്ലാതെ സ്വാമി എന്ത് മരുന്ന് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല കാരണം അതൊക്കെ നിങ്ങൾക്കറിയുന്നതാ ഇത് നിങ്ങൾ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ ഇതെല്ലാവരും പറഞ്ഞാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളോടൊക്കെ പറയാം അപ്പൊ കുട്ടികൾ പറയാം അച്ഛ നൂറ് രൂപ പോയി അച്ഛൻ്റെ നൂറ് രൂപ പോയി പിന്നെ അമ്മയുടെ ഇരുന്നൂറ് പോയിരിക്കുക എന്നല്ലേ എന്ന് പറഞ്ഞു അപ്പൊ വീട്ടിൽ വേറൊരു അന്തരീക്ഷം സംഭവിക്കും ഒരു തമാശ വരും മറ്റു ക്രോധം വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത് തമാശയായി മാറും ക്രോധം നമ്മുടെ ഊർജത്തെ മാനസികമായിട്ടുള്ള ടൺ കണക്കിന് ഊർജത്തെ കളയുന്നു അത് ഞരമ്പില് വലിഞ്ഞു മുറുകുന്നു അത് നമ്മുടെ നാഡീ വ്യവസ്ഥയെ പാടെ തകിടം മറിക്കുന്നു നമ്മുടെ ആയുസിനെ തന്നെ കുറയ്ക്കുന്നു അപ്പൊ ഈ ക്രോധം ഉണ്ടാകുന്നതോ ഇതാ ഇവിടെ നിന്ന് ധ്യാനത്തിൽ തന്നെ അപ്പൊ ധ്യാനം ഒരുവനെ എല്ലാ പ്രകാരത്തിലും നശിപ്പിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ എല്ലാ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ധ്യാനത്തിൽ ഉറപ്പിച്ചതാണ് എല്ലാം ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് തന്നെ ഇതിനെ വിലയിരുത്തണം എന്ന് പറയും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ പറ്റും വിവേകാനന്ദ സ്വാമികൾ പറയും ദേഷ്യം വരുമ്പോഴാണ് ഒരുവൻ ആത്മാവിനെ അറിയാൻ പെട്ടെന്ന് പറ്റുക പെട്ടെന്ന് സാധിക്കുമെന്നാ ദേഷ്യം ഒരു അനുഗ്രഹമാണ് അങ്ങനെ നോക്കുമ്പോ പിടിച്ച ഭൂമി കിടിലം കൊള്ളൂ എന്നാ പറയുന്നത് അപ്പൊ പിടിച്ചാൽ ആ സമയത്ത് ഏറ്റവും സൗകര്യമാണ് നമുക്ക് സ്വരൂപത്തെ അറിയാൻ അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരം ചെയ്ത് ഇരിക്കണം ഓ ഇതാ ഞാനിത് ആ ദേഷ്യപ്പെട്ടു എന്ന് അപ്പൊ എനിക്ക് മാറി നിന്ന് കാണാൻ പറ്റൂ എന്നെ ആ ദേഷ്യം പിടിച്ച എന്നെ അതുകൊണ്ട് ആ സ്വാമിജി പറയാറുണ്ട് ദേഷ്യം ഞാൻ പോക്കറ്റ് കൊണ്ട് നടക്കാറുണ്ട് സ്വാമിജി അത് ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ എന്നിട്ട് അത് ആവശ്യം കഴിഞ്ഞിട്ടേക്ക് അതുകൊണ്ട് സ്വാമിജി പറയും നമുക്ക് ദേഷ്യം പിടിക്കാം ദേഷ്യം നമ്മളെ പിടിക്കരുത് അതായി കുഴപ്പം പലപ്പോഴും നമ്മൾ ദേഷ്യം പിടിക്കുകയല്ല ചെയ്യുക ദേഷ്യം നമ്മളെ പിടിക്കുന്നത് ദേഷ്യം നമ്മളെ പിടിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇരിക്കുന്നത് പാത്രമാണ് എന്നൊന്നുമില്ല അങ്ങനെയല്ല വീട്ടിലെ പല സാധനങ്ങളും പൊട്ടുന്നത് എടുത്തൊരേറാണ് പല വീടുകളിലും കസേരയുടെ കാലൊടിഞ്ഞതിൻ്റെ രഹസ്യം എന്താ ഇത് തന്നെ രഹസ്യം എടുത്തൊരേറ് എടുത്തൊരട്ടി അപ്പൊ നമ്മുടെ ആഴത്തിലുള്ള ധ്യാനം നോക്കുക ആരാണ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ു രാഗദ്വേഷരൻ ആത്മവശ്യാത്മാസാദമധിഗതി അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്താ ഇവിടെ തൊട്ട് മുൻപ് പറഞ്ഞു വെച്ചത് ഒരുവന് ദേഷ്യം വന്നു എങ്കിൽ അവന്റെ കാര്യകാര്യ വിവേകം നഷ്ടപ്പെട്ടു പോവും കാര്യകാര്യ വിവേകം നഷ്ടപ്പെടുന്നത് ഹേതുവായിട്ടാണ് ശാസ്ത്രങ്ങൾ പഠിച്ച ശാസ്ത്രവും മറ്റും മറന്നു പോകുന്നത് അത് മറന്നു പോകുന്നതോടുകൂടിയാണ് ബുദ്ധിനാശം ഉണ്ടാകുന്നത് ആ ബുദ്ധിനാശമാണ് ഒരുവനെ എന്താ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ശാസ്ത്രം ഒരുവനെ ഏത് പ്രകാരത്തിൽ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ നോക്കേണ്ടത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഒരുവനെ ദേഷ്യത്തിൽ നിന്ന് തന്നെ അവനെ അതിവർത്തിക്കണമെങ്കിൽ അവന് ശാസ്ത്ര വിചാരം ഉണ്ടായിരിക്കണം ശാസ്ത്രത്തിൽ പറഞ്ഞു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗീതാശാസ്ത്രം പോലുള്ള ഉപനിഷത്ത് പോലുള്ള പ്രമാണഗ്രന്ഥങ്ങൾ അവനവനെ അറിയുന്ന അറിയാൻ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇതൊന്നുമില്ലാത്തൊരു ഒരാളുടെ കാര്യമാണ് ഒരു ഉപദേശവും കിട്ടിയിട്ടില്ല എങ്കിൽ അതുകൊണ്ടല്ലേ പലപ്പോഴും വേണ്ടത്ര ആളുകൾ പറയുമല്ലോ ഒരു സംസ്കാരവും കിട്ടിയിട്ടില്ല ആരുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാൽ തെരുവിലാണെങ്കിലും കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലോ അത് ഗംഭീരാകും അല്ലേ ഇപ്പം ജിദ്ദു കൃഷ്ണമൂർത്തി മദ്രാസ് തെരുവിൽ അതായത് കടലോരത്ത് അനിബസൻ്റ് കണ്ടെത്തിയതാണ് അവർക്ക് കണ്ടപ്പം തന്നെ തോന്നിയിട്ടുണ്ട് ഇവൻ അപാരനാണോ എന്ന് പക്ഷേ അത് കടലവരത്ത് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും ആയിത്തീരിലായിരുന്നു ഇവനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട് അയാളെയും കൂടെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഇവനെയും കൂടെ കൊണ്ടുപോകാമെന്ന് അത് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് കാരണം അന്ന് കുട്ടികളെ വളർത്താനും ഇതാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു സംസ്കരണം നടക്കേണ്ടത് ആവശ്യമാണ് ഇവിടുന്നെങ്കിൽ ഒരിടത്തുനിന്ന് അതുകൊണ്ട് നമ്മുടെ സംസ്കാ സംസ്കൃതിയിൽ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് അതിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലുപരി ഈ മർമ്മങ്ങളൊക്കെ കുട്ടികൾക്ക് നേരത്തെ കാലത്തെ കൊടുത്തിരിക്കണം അപ്പൊ ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ അതിനെ അതിവർത്തിക്കണം അതുകൊണ്ടാണ് ശാസ്ത്രം നമ്മെ അനുഗ്രഹിക്കുന്നത് ഭഗവാൻ നേരത്തെ പറഞ്ഞ മഹതോ ഭയാതത്രായതേ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ അതുകൊണ്ട് സ്വാമി ഒരു ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുക നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയട്ടെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസായിട്ടുള്ള ഏഴ് ക്ലാ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് പതിനെട്ട് ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഗീതാ ക്യാമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഒരറുപത് അമ്പത് അറുപത് കുട്ടികളായി ആരെങ്കിലും നിങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ അത് തയ്യാറായിക്കോളൂ കാരണം കുട്ടികൾക്ക് ഗീത പഠിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നിപ്പോൾ അവർക്ക് പഠിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും സ്ഥലങ്ങളില്ല ഗീത ചൊല്ലി പഠിക്കാം കുട്ടികൾക്ക് ചൊല്ലാനിപ്പോൾ ആർക്കും ചൊല്ലിക്കൂടെ അതിപ്പോൾ ഒരു ക്യാസ ഒരു ടാപ്പർ കോർഡർ ചെയ്യുന്ന ജോലിയാണ് കുട്ടികൾ അത് ചെയ്യേണ്ടവരല്ലോ ഒരു ദിവസം ഒരധ്യായം അത് നാലഞ്ച് സെഷൻ ഉണ്ടാവും രണ്ടാമത്തെ ദിവസം അവർക്ക് മെഡിറ്റേഷൻ യോഗ ഇത്യാദി കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ഒരു പതിനെട്ട് ദിവസം ഒരു ഗുരുകുലത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കാൻ ഇല്ല അതിൻ്റെ കുഴപ്പമുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മുടെ കുട്ടിയൊക്കെ കുട്ടികൾ ചോദിക്കും നമുക്കറിയാം നമ്മുടെ ഒരു യൂത്ത് ക്യാമ്പിൽ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി ഈ വേള നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ഒരു യൂത്ത് ക്യാമ്പിൽ ഒരു കുട്ടി പറയുകയാണേ പിന്നെ സ്വാമി ഞാനിപ്പോൾ എൻ്റെ പേരൻസിനെയും എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ അങ്ങേയറ്റം വെറുക്കണം കാരണം ഞാൻ ആലോചിക്കുകയാണ് ആയിരത്തി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണത്രേ ചിന്മയാനന്ദ സ്വാമികൾ സമാധിയായത് അദ്ദേഹം മലയാളിയാണത്രേ അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇത് ഈ എറണാകുളത്ത് വെച്ചിട്ടാണ് പറഞ്ഞത് അദ്ദേഹം എത്രയോ പ്രാവശ്യം വർഷാവർഷം എറണാകുളത്ത് വരാറുണ്ടായിരുന്നു അത്ര എന്നോട് എൻ്റെ ഒരധ്യാപകനും ഒരച്ഛനും ഒരമ്മയും ഒരമ്മാവനും പറഞ്ഞിട്ടില്ല മോനെ ഒന്നുപോയി കേൾക്കൂ എന്ന് ഇവരേത് നേരം പല ഉപദേശവും തരാറുണ്ടായിരുന്നു ഇന്ന് ഞാനത് അദ്ദേഹം ഇന്ന് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നറിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം മുഴുവൻ ഇവരോടാണ് അപ്പം അങ്ങനെയൊക്കെ നാളെ കുട്ടികൾ പറയുന്ന സമയത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി എടാ നിനക്ക് ഞാൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് പാമ്പോപ്പ് തന്നില്ലേ അത് തന്നില്ലേ ഇത് തന്നില്ലേ നീ നിനക്ക് എഴുന്നൂറ്റമ്പതിന്റെ ജീൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ജീൻസാണ് മേടിച്ചു തന്നത് ഓട്ടമുള്ള ജീൻസ് വേണമെന്ന് പറഞ്ഞു നീ ഒരു ഓട്ടേ പറഞ്ഞോളൂ ഞാൻ രണ്ടോട്ടുള്ളത് മേടിച്ചു തന്നു ഇങ്ങനെ മേടിച്ച് തന്നതിൻ്റെയും കൊടുത്തതിൻ്റെയും ഒക്കെ കണക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ഇതിപ്പോ സ്വാമി ക്യാമ്പിനാളെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞില്ല അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ ഇവിടെ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു മഹോവികൃതിയായിട്ടുള്ളവർ തന്നെ ശരി സ്വാമി ഞാനൊരു തന്നെ കണ്ടിട്ട് ഇപ്പൊ തന്നെ മനസ്സിലാകെ അത് ബാക്കിയുള്ളതും കൂടെ സാധനം കൂടെ എന്താ പറയുക വിട്ടോളൂ ഏത് കേസിനെയും വിട്ടോളൂ നമ്മൾ സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊന്നും അങ്ങോട്ട് നന്നാക്കി കളയാന്ന് വിചാരിച്ചോളായിരുന്നു അവരോട് പറയുകയും ചെയ്യരുത് അങ്ങനെ നന്നാക്കാനുണ്ട് ശരി കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴാ പറയാ ആ സ്വാമി പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമ്പിന്റെ കാര്യം എന്തായാലും ഇവനെ പറഞ്ഞയക്കണം ശിക്ഷ പോലെയായിരിക്കും അവരൊരിക്കലും വരില്ല പിന്നെ മൂരിയെ അറക്കാൻ കൊണ്ടുപോകുന്ന പോലെയായിരിക്കും വരിക അതുകൊണ്ട് ശാസ്ത്രം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ വിരുദ്ധമായ ചുറ്റുപാട് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം സാഹചര്യങ്ങൾ വിരുദ്ധാവുന്ന സമയത്ത് ശാസ്ത്രം സ്മൃതിപഥത്തിൽ വരുന്നുവെങ്കിൽ നാം ശ്രവണം ചെയ്തവരാണ് അല്ലെങ്കിലോ പലതും കേട്ടിട്ടുണ്ട് അത് തന്നെ ഇവിടെ നിങ്ങളുടെ നെറ്റിയിലെ കുറിയൊന്നും കണക്കല്ല നിങ്ങൾ ഞാൻ എത്ര ഭാഗവതം കേട്ടിട്ടുണ്ട് എന്നറിയാം സ്വാമി ഗുരുവായൂരപ്പതാ സ്വാമി പാവസ്വാമി ഇപ്പൊ ഇല്ല സ്വാമിക്ക് അറിയോന്നറിയില്ല ജ്ഞാനാനന്ദ സ്വാമി ഇങ്ങനെ തുടങ്ങി ചുരുക്കി പറഞ്ഞ ഇവര് പരീക്ഷത്തിൻ്റെ ഇത് മാത്രം കേട്ടിട്ടില്ല എന്ന് കേട്ടു പക്ഷേ അതുകൊണ്ടൊന്നും ആവുന്നില്ല എന്തെങ്കിലൊന്ന് പറഞ്ഞാൽ ആപ്പം അങ്ങോട്ട് പൂട്ടിത്തെറിക്കുന്ന പറയാം ഡയനാമിറ്റ് പോലെ അപ്പൊ എന്തുകൊണ്ട് ആ സാഹചര്യം നമുക്ക് ഇതായി വരുന്നില്ല ഇതാണ് കേട്ടത് വിരുദ്ധമായ സാഹചര്യത്തിൽ സ്മൃതിപഥത്തിൽ വന്നങ്ങനെ നിൽക്കണം ഒന്നാമത്തെ ശ്ലോകം ഒന്നൂടെ പറഞ്ഞോട്ടെ സ്വാമി ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ Kim Akurvata, Sanjaya സമവേതായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിച്ചല്ലോ അപ്പം കുരുക്ഷേത്രത്തില് കുരുക്ഷേത്ര പാണ്ഡവാഹ കിം അകുവത സംഘർഷഭരിതമായിട്ടുള്ള ചുറ്റുപാടിൽ സത്വഗുണപ്രധാനികളായിട്ടുള്ള പാണ്ഡവന്മാരെന്തു ചെയ്തു സാഹചര്യങ്ങൾ വിരുദ്ധാവുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വിവേകം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്നിട്ടാ ഗീത മുഴുവൻ പറയുന്നത് ആലോചിക്കാം എന്നിട്ടാണ് ഇവിടെ ഇതിനെ മനസ്സിലാക്കേണ്ടത് ധ്യായത വിഷയാൻ പുംസഹ തുടങ്ങി ബുദ്ധിനാശാത് പ്രണശ്യതി എന്നുള്ളത് വരെ തുടർന്ന് ഭഗവാൻ പറയണു രാഗദ്വേഷ വിയുക്തൈഹി തു വിഷയാൻ ഇന്ദ്രിയൈ ചർ വിഷയാൻ ഇന്ദ്രിയൈ ചരണ് ആത്മവശ്യൈ വിധേയാത്മ പ്രസാദം അധിക വിധേയാത്മ രാഗദ്വേഷുക്തൈ വിധേയാത്മ മനസ്സ് വശമായിട്ടുള്ളവൻ മനസ്സ് വശമായിട്ടുള്ളവൻ എന്നുള്ളവന്റെയൊക്കെ പേരാണ് രാമദാസൻ ഹരിദാസൻ എന്നൊക്കെ പേര് ഗംഭീര ഹരിദാസൻ ഹരിയുടെ ദാസനാണ് പക്ഷേ മനസ്സ് വിധേയാത്മാ രാഗദ്വേഷ വിയുക്തൈഹി രാഗദ്വേഷം താല്പര്യമോ വെറുപ്പോ ഇങ്ങനെയുള്ള വിരുദ്ധങ്ങൾ പോയിട്ടുള്ള എന്താ പോയിട്ടില്ലാത്തവരായി ആത്മവശ്യൈ ഹി തനിക്ക് സ്വാധീനപ്പെടാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാൻചരൻ തു വിഷയങ്ങളെ അനുഭവിക്കുന്നവനാകട്ടെ പ്രസാദം അധികച്ചതി മനപ്രസാദത്തെ അവൻ എന്ത് ചെയ്യുന്നു പ്രാപിക്കുന്ന ഒരു ഗംഭീര പറച്ചില ഭഗവാൻ ഇവിടെ പറയുന്നത് നോക്കൂ വിധേയാത്മാ ആ മനസ്സ് വശപ്പെട്ടു കഴിഞ്ഞാൽ വിധേയാത്മാ മനസ്സങ്ങോട്ട് വശപ്പെടണം എന്ന് പറയാം പിന്നെ രാഗദ്വേഷ വിയുക്ത താല്പര്യമോ വെറുപ്പോ എന്തൊക്കെ വരട്ടെ ഇപ്പൊ ചുറ്റു സാഹചര്യങ്ങൾ പലതായിരിക്കും അയാൾ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് പോവും അതിൽ മുങ്ങി ഇറങ്ങില്ല എന്ന് പറയാം മുകളിൽ കൂടെ ഒരു ചിലർ കണ്ടിട്ടില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരുതായിട്ടുള്ള ഓരോന്നുണ്ടാവുമ്പോ അവരങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അത് ഇതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇപ്പൊ നമ്മൾ കുട്ടികൾ കളിക്കാൻ വിളിക്കില്ലേ എന്തിലെങ്കിലുമൊക്കെ കളിയില് ആ സമയത്ത് നമ്മൾ ഓഫീസ് കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് വീടിൻ്റെ പ്രശ്നത്തിലോ അതിൻ്റെ ജപ്തി നോട്ടീസിലോ ലോൺ അടയ്ക്കേണ്ട കാര്യത്തിലോ ഒക്കെ തലവകഞ്ഞ് ഓഫീസിലെ ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ തലമണ്ടയ്ക്കകത്ത് എന്നാലും കുട്ടികളോടൊപ്പം കളിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കും ആ കളിക്കുന്ന സമയത്ത് കുട്ടിയെക്കറിയും നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് എന്നാലും നമ്മൾ കളിക്കുന്നില്ലേ ഇതുപോലെയായിരിക്കും നമ്മൾ നമുക്കറിയാം ഇവരുടെ ഈ കളികളൊക്കെ കാരണം നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ ഒന്നുകൂടെ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കയറി നിൽക്കാൻ സാധിച്ചാൽ ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ബോധ്യമെന്ന് പറയാം അതുകൊണ്ട് ആത്മവശ്യേ ഇന്ദ്രിയേഹി തനിക്ക് സ്വാധീനപ്പെട്ടതായിട്ടുള്ള ആത്മവശ്യേഹി തൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഇന്ദ്രിയേഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാൻ ചരന്തു വിഷയങ്ങളെ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ അനുഭവിക്കുന്നവനാണ് എങ്കിൽ പ്രസാദം അധിക ചെടി അവന് പ്രസാദത്തെ കിട്ടുന്നു എന്നാ